കന്ധത്തിലും സൂര്യവംശത്തിന്റെ വർണ്ണനയാണ് മുഖ്യമായിട്ട് അവിടെ അമ്പരീഷ ചരിത്രം പറയപ്പെടുന്നു നഭകൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവിന് ജനിച്ച ഒരു പുത്രനാണ് നാഭാകൻ അഥവാ കവി കവി എന്ന് വെച്ചാൽ മന്ത്ര ദർഷ്ടാ അർത്ഥം മന്ത്രത്തെ ദർശനം എന്ന കൂടിന ശക്തി വാക്ക് താൻ ഋഷികൾ പേര് നാൻ ഋഷി കവിഹി ഋഷി അല്ലാതെ കവി ഇല്ല ഇത് കവി വന്ന് വേദാധ്യയനം പണി വീട്ടിൽ തുമ്പ വര അവ അന്നാജ്യത്തെ പകുത്ത് എടുത്ത് സമ്പത്തെ പകുതി എടുത്തുട്ട അപ്പാട്ട വന്ന് കേട്ടാ എനക്ക് എങ്ക സമ്പത്ത് എന്നോട് ഭാഗം അണ്ണാമാർട്ടണം അവ അണാ കിട്ടാം പോയി കേക്ക ഉനക്ക് തന്നെ സമ്പത്ത് വെച്ചിരിക്കോമേ അപ്പാവ പാത്തക്കരി അപ്പാവ പാത്തക്കാ ഏതാവ സമ്പത്ത് വേണമേ അവ അപ്പാവേ ചല്ലി കൊടുക്കാ ഇങ്ങനെ ദൂരം പോണ അങ്കി സകോത്രത്തിൽ ഇക്കണർ സത്രം പ ഒരു ം അത്യത്തിലെ ആറ് നാൾ കൂടെ ചില ഋക്ക് മന്ത്രങ്ങൾ അത് മന്ത്രം അവ കഷ്ടപ്പെടുവാ ഉപദേശം പനക്ക് അനുഗ്രഹം പണ ഇവൽക്ക് ശക്തിവർ അവ കവി പോയി അതേമാതിരി അവ മന്ത്ര ഉപദേശം പങ്കെടുക്കണ ഇാഗശാലയിലിഞ്ചറോ ശേഷിക്കുന്നതോ എല്ലാത്തി കൊടുത്തിട്ട് പോയിട്ട്ക്കോ അതെല്ലാം യാഗശിഷ്ടമാക്കുന്ന പദാർത്ഥം ക്കാഗിഷ്ടമാണ് ഭൂമി എല്ലാം അത് എടുക്ക പോറത്തെ ഒരു കരുപ്പ ഒരുത്തർ കയ്യിലൊരു ദണ്ട പിടിച്ചു വന്ന് ഇതെല്ലാം തുടക്ക എടുക്കപ്പെടാതെ ഇന്ന് പ്രാഹ്മണ എനക്ക് കൊടുത്തേ ണി മിഞ്ചിനെല്ലാം നീ എടുത്തക്കോട്ടെ അവ ആ എങ്ക ം മിഞ്ചിന പദാർത്ഥങ്ങൾക്കോ അതെല്ലാം എന്നാൽ യാത്ര അധികാരം കട കവി തുമ്പ്രഹത്തിക്ക് വരാർ അവ അപ്പിട്ടി അവ യാകശേഷമാണ് വസ്തുക്കൾ എല്ലാം എനിക്ക് കൊടുത്താ നാ എടുക്ക പോസം പണിനും എടുക്കപ്പെടാതെ ന അപ്പാണോ വിഴുന്ന് നമസ്കാരം പണ് ചന്തവവ്യോമി അപരാധഹാ ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ സമ്പോ നമസ്കാരം പണ് എങ്കെങ്ക യാകശിഷ്ടമാണ് പദാർത്ഥങ്ങൾ ഇക്കോ അതെല്ലാം രുദ്രനുക്ക് ചേർന്നത് ശിവനുക്ക് ശിവസൊത്ത് അവർ തന്നെ വന്നിരിക്കാർ ഉനക്ക് അവരോട് അനുഗ്രഹം കിടക്കും നമസ്കാരം പണ് കവി തുമ്പ പോയി ഭഗവാനക്ക് നമസ്കാരം പണി ഉള്ളോട് പദാർത്ഥത്തിൽ എതിലുമേ എനിക്ക് നൈ വയ്ക്ക മാട്ടേ ഉള്ള ചേർന്നത് ഇതെല്ലാം തരമ നെടുത്തക്കു തുണിഞ്ചേ അപ്പല്ല ഭഗവാൻ വന്ന് രൊ സന്തോഷപ്പെട്ട് ദ്രവ്യങ്ങളെ കൊടുക്കറു മാത്രമല്ല മന്ത്രോപദേശത്തോട് കൂടെ ബ്രഹ്മോപദേശത്തെയും കൊടുക്കില്ലാട്ടോ ദ്രവ്യം സ്വത്ത് മാത്രം കിടച്ചിരുക്കും ഇവർ മന്ത്രദ്രഷ്ട ഏക അത് മന്ത്രദ്രഷ്ടാക്ക്ഞാനവും കൊടുക്കാർ ദാമിതേ മന്ത്രദൃഷ്ടേ ഞാനം ബ്രഹ്മ സനാതനം ബ്രഹ്മവിദ്യയും കൂടെ ഞാൻ ഇതാ ഉപദേശിച്ചു എന്ന് പറഞ്ഞ ശിവനിൽ നിന്നും മന്ത്രോ ബ്രഹ്മവിദ്യ ഉപദേശം സ്വീകരിച്ച പരമ്പരയിലാണ് അംബരീഷൻ ജനിക്കുന്നത് അങ്ങനെ നാഭാഗപുത്രനായി അംബരീഷൻ ജനിച്ചു അംബരീഷോന് ബ്രഹ്മശാപോകനോട് പിള്ളയോ അംബരീഷൻ ജനിക്കാർ ബ്രഹ്മശാപം കൂടെ അംബരീഷൻ അത് എന്ന കഥ കേ അംബരീഷൻ രാജ്യ അധിപതിയ ചക്രവർത്തിയാതും എതിലെയുമേ മാട്ടിക്കല ഇതിലെയുമേ സങ്കം വെച്ചുകല വിഭവ നിർമ്മാണം തമോ നിർവ വിശതി എപ്പുമാൻ കൊഞ്ചം ദനം എന്താ ദന ഒട്ടി നൂട്ടാനേ അവനക്ക് ദുഃഖം കൊഞ്ച അൽപ്പം കാശ് കിടച്ചാലേ അഹങ്കാരം വന്നിടും എന്താ നമ്മുടെ ഒരു ചൊല്ലുണ്ടല്ലോ അൽപ്പനെ സ്വൽപ്പം കിട്ടിയാ ബാതിരായിരിക്കും കൊടപിടിക്കുന്നതാണ് രാമകൃഷ്ണപരമാംസ് പറയൂ തവളയ്ക്ക് നാലെണ്ണ കിട്ടിയത്രേ തവള ആ നാലെണ്ണയെ കൊണ്ടുപോയി പൊത്തിൽ വെച്ചിട്ട് മൃത്തെടുപ്പിൽ കൈവച്ച് നിന്നു എന്നാണ് പാരാ തന്നെ സലൂട്ടടിക്കാൻ അപ്പൊ ഒരു ആന മുമ്പ് പോയി ആന തന്നെ ശ്രദ്ധിക്കാതെ പോയപ്പോ കോപിച്ചിട്ട് ചവിട്ടും എന്ന് ആനയ തവള നാലെണ്ണ പൊത്തിലുണ്ടെങ്കിൽ തവളയ്ക്ക് അഭിമാനവും അഹങ്കാരം വരുന്ന സർവസമ്പദ് സമൃദ്ധമാണ് രാജ്യം എല്ലുംതിർലഭം പുംസാം സർവം തത് സ്വപ്ന സംസ്തുതം എല്ലാമേ സ്വപ്നം പോലെ ഇപ്പൊ ഇരുക്കും കൊഞ്ച നേരത്ത എല്ലാ പദാർത്ഥങ്ങളും തരേ തവര ഉള്ള കാഴ്ചക്ക് ത വസ്തുക്കളാം തവര ഒന്നും പ്രയോജനപ്പെടാതെ വാസ്തവമാന വസ്തു ഭഗവാൻ താന്ന തരഞ്ചി ഭഗവാൻകിട്ടിയേ മനസ്സ് വച്ചിരുന്ന അംബരീഷൻ സ വൈമനഃ കൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠഗുണ്രമാർജനു ശ്രുതി ചകാര അച്ഛത സത്കോദയേ മുകുന്ദലിംഗാ ദൃശനീദ തദ് സ്പർശേ അംഗസം ഘാണം ചത്പാദ സരോജ സൗരഭേ ശ്രീമത്ളയാസനം തർ മനൃഷ്ണപദാരവിന്ദയോ മനസ്സുക്ക് വ്യാപാരം പറഞ്ഞ ഭൂമി രാജ്യപുരണമെല്ലാം മണിന് എന്താലും കൂടെ മനസ്സു കൃഷ്ണ പദാരവിന്ദേ വ്യാപരിച്ച കൃഷ്ണഭക്തിയിലേ വ്യാപരിച്ചതാം രാജ്യമല്ല അഴക ഭരണ എപ്പോഴും ഭക്തി പണി അർത്ഥം ഇല്ല ഭഗവാനുക്ക് ശരണാഗതി പണി തന്നോട് ധർമ്മത്തെ പണിക്ക് അപ്പൊപ്പോ രാജാവേ സത്സംഗം പണാം സി വൈകുണ്ട ഗുണനെ കരൗ ഹരേ ഹേ മന്ദിര മർജനാദിഷ രാജാവും യാര നാലുപേർ പോലീൻ പണ വെക്കലേ കോൺ അവർക്ക് ഒരു കോവിൽ വെച്ചിരുന്നക്കാർ അങ്ങനെ കോവിലെ താനേ പോയി അന്നലത്തെല്ലാം തുടച്ച് കിളീൻ പണി താനേ പെരുക്കിയതെല്ലാം തുടച്ച നിർമ്മാല്യം പണി പുതു പുഷ്പങ്ങളെല്ലാം എടുത്തി വന്ന് അഭിഷേകം പണി പൂജ പണി നമസ്കാരം പണി ഏട്ട നമ്മൾ രാജാങ്ക അഭിമാനം വന്നിട്ടുണ്ട് നമസ്കാരം ഒരു മരുന്ന് വിഴിന്ന് വിഴുന്ന് നമസ്കാരം ഭഗവാൻ ഏകാദശത്തിലെ ഭാഗവതത്തിലെ ഏകാദശത്തിലൂമ ആശ്വചാണ്ടോകരം കുതിര നായ് ചണ്ടൻ പശു കഴുതാത്തേ ആശ്വചാണ്ടോകരം ഒരു നായിലേക്ക് ആരംഭിച്ചു ചണ്ടാളൻ പശു കഴുത എന്നാട്ടും വി നമസ്കാരം പ്രണമേത് ദവത് ഭൂമി ഏൻ വിളി നമസ്കാരം അഭിമാനത്തു ഒരു മരുന്ന് അഹങ്കാരത്തു ഒരു മരുന്ന് ഒരു ട്രീറ്റ്മെന്റ് രാജാവായി അപ്പൊ നമസ്കാരം പണി കോവിലെ താനേ പൂജ പണി യാരത് കൂപിട്ട് ഭഗവത് വിഷയങ്ങളെ താൻ കേക്കു ചകാര അച് ദിവ്യക്ഷേത്രങ്ങളാ ദർശനം പണി ഭഗവാനോട് പാദത്തിൽ അർപ്പണം പണിന പുഷ്പം തന്നെ മനക്കരുത് തുളസിദാം മു ആഹരിക്ക അപ്പൊടി ഭക്തി പണി കാര് എല്ലാം സുഖസമൃദ്ധമാണ് രാജ്യമായിരുന്നും പറ്റിക്കൽ എതിലെയുമേ ഒട്ടില്ല അപ്പൊ ഭഗവാൻ ഭക്താക്കൾക്ക് ഭഗവാന് പണ അനുഗ്രഹം എന്നെ രക്ഷിച്ചേ സർവതോഹം ത്വം ഭക്തന് ഭഗവാന്റെ അനുഗ്രഹം സർവദാ രക്ഷയാണ് എല്ലാ തന്നെ ഞാൻ രക്ഷിച്ചോളാം തന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും ഭഗവാൻ തന്റെ സുദർശന ചക്രത്തിന് അംബരീഷന് രക്ഷയായി കൊടുത്തിരുന്നു എന്നാണ് അത് അംബരീഷന് മാത്രമല്ല എല്ലാവർക്കും എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ സുദർശന ചക്രം രക്ഷയ്ക്കുണ്ട് എന്നുള്ളതിന് ഒരു കഥ അംബരീഷ ചരിത്രം ഉദാഹരണമായി എടുത്തു പറയുന്നു മഹാബലിക്ക് പറഞ്ഞുവല്ലോ സർവ്വ രക്ഷിച്ചേ സർവത്തോഹം ത്വാം അത് തന്നെ സുദർശന ചക്രം അംബരീഷൻ തന്റെ പൂജയിൽ ഒരു ശാളഗ്രാമം വെച്ചിരുന്നു അത്രേ അത് സുദർശന ശാലഗ്രാമം അതിൽ ഭഗവാന്റെ സുദർശന സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഭക്തന്മാരുടെ വ്യാഖ്യാനം അംബരീഷൻ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ് ശുക്ലപക്ഷ ഏകാദശി കൃഷ്ണപക്ഷ ഏകാദശി എനിക്ക് ദ്വാദശി ദശമി എനിക്ക് രാത്രി പൂര തൂങ്കാമ നാമസങ്കീർത്തനം പണ്ണി ഭക്തി പണി ദശമി എൻക്ക് രാത്രിയും ഭോജനം പണാ ഏകാദശി എൻ്റെ ഭോജനം അപ്പുറം ദശി പാരണ ഇപ്പിടിത്ത ഏകാദശി ഇപ്പാലാം അപ്പൊ ഒരു വർഷം ഏകാദശി ഇരുന്ന് അത് ഭഗവാനുക്ക് അർപ്പണം പണി പ്രാമണുക്ക് ഭോജനം എല്ലാം പണി അത് ദ്വാദശി പാരണയെ പണി പൂർത്തി പണി തൃപ്പി ഏകാദശി അപ്പ ഉത്തമ ഏകാദശി അപ്പിടി പണ ഉപവാസം അതൊരു തപസ് അപ്പൊ ഏകാദശി വ്രതത്തെ അനുഷ്ഠാനം പണ്ടാർ അംബരീഷ അത് ഏകാദശി വ്രതം അനുഷ്ഠാനം പണ ഒരു വർഷം പൂർത്തിയായി വൃന്ദാവനത്തിലശി സമർപ്പണം അത് ദ്വദശി അന്മ ദുർബാസ മഹർഷി വരാർ നല്ല വരാർ സ്വാമി ഇൻക്ക് ദശി പാരണ പരമഭക്തനാ വന്നിരിക്കണരാക്കെ നിങ്ങൾ വന്നിരിക്കൂടെവാരശി പാരണിക്ക് വരണം അത് എന്നാ വന്ന് അവർ യമുനാ ജലത്തിലെ സ്നാനം പണ പോ ശ്വാസത്തെ പിടിച്ച് തന്നിക്ക് ഉടർ രമ നേരമാക്കി പ്രാണായാമം പണി നല്ല യോഗ സാധനെല്ലാം പരിശീലിച്ച്ക്കെ വാഴക്ക് നല്ല വേനൽ കാലമാർന്നാ കുളത്തിൽ ഇറങ്ങി ഉടക്കിന് വിടലാണ് ചൂടേ ത ഇവർ യമുനക്ക് ഇറങ്ങി ഉടയ വര മാേങ്ക മുഹൂർത്തം അത് അന്താദശി പാരണക്ക് മുഹൂർത്തവും കടക്കരുത്മണാലും കൂപി കേട്ട അംബരീഷൻ നാ എന്നോ എങ്ങനെ തരുന്നത് ഇല്ല ഇന്ന് ദശി പാരണെ പണലെയാണോ ആപത്ത് അന്ത ഏകാദശിക്ക് പണ വേണ്ട വ്രത ഭംഗം ഇപ്പൊ നമ്മ ദ്വാശി പാലന പണിട്ടോം ഇ മഹാത്മാവ് അവർ വരെ കോപിഷ്ട കോപിച്ചിട്ട് എന്നുങ്ങളെ ആയിടും അവരുടെ പോയി യാണച്ചു കൊടുക്ക വേണ്ട അവർക്കേ തരും കൊടുത്തോ എന്നാലും യാല്ല മാറ്റോ വന്നിരിക്കുന്ന അപ്പൊ ഇല്ലേ സ്വാമി ഭഗവാനുക്ക് അഭിഷേകം പണി പ്രാപുർ അപക്ഷിപ്പസിതംച്ചാസി ജലത്തെ പാനം പണലാമേ തുളസിയോട് അപ്പൊ സാപ്പിട്ട മാറി ആ പടുങ്ങോല്ലോ അവർ ജല പാനം മണ്ണോ ഇല്ലയോ ഇവർ വന്ന അവ ഡ്രാമ മൺക്ക് വന്നിരിക്കാർ ദുർവാസ മഹർഷി ഉടമ്പെല്ലാം നടുങ്ങോപത്തിനാല തല രോമല്ല അപേ കുി മാറി കോവിച്ച് കോപത്തിനാല നടുങ്ങ തപസ് എന്ന സാപട കൂപി നാ വാപിട്ട വിഷ്ണു ഭക്തനാ നീ വിഷ്ണു ഭക്തൻ മാറി നീക്കറ എന്നോട് ശക്തി എന്നറേ അയ്യോ സ്വാമി അപചാരം നവർ അംബരീഷൻ ചോറേ എതും അവർ കാതല വിഴലേ തലയിലെ ഒരു രോമത്തെ പരിച്ചെടുത്ത് അത് രോമത്തിലേക്ക് ഒരു അഗ്നി കൃത്തിക അത് ഒരു ആയുധം ഒരു വെപ്പൻ അത് അംബരീഷനുക്ക് നേരെ വിക്ഷേപിക്ക അംബരീഷം അമ്പരീഷൻ അടിയേ നിക്കുമേ എന്ന് ഭഗവാന്റെ ഇച്ചാണെങ്കിൽ നിക്കട്ടെ അല്ല അത് കത്തിട്ട് നമ്മൾ തീരുമാനിക്കുന്നതാണോ ഇതാണ് ഭക്തന്റെ ലക്ഷണം പ്രാർത്ഥനയൊന്നുമില്ല ഭഗവാനെ എന്നെ രക്ഷിക്കണം ഈ അഗ്നിയിൽ നിന്ന് രക്ഷിക്കണം ഒന്നും പ്രാർത്ഥിച്ചില്ല ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഈ ശരീരം ഇപ്പൊ ഈ ദുർവാസാവിന്റെ ശാപം കൊണ്ട് പോവുകയാണെങ്കിൽ പോട്ടെ നിശ്ചലമായിട്ട് ഇതുപോലും ചിത്തവൃത്തിയില്ല പ്രശാന്തരായി ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചില്ലാൻ നിന്നു ആ വരുന്നു സുദർശന ചക്രം അവിടുന്ന് പുറപ്പെട്ടു അത് കൃത്തികയെ എരിച്ചു വൈഷ്ണവിലും സുദർശന ആൾവർന്ന് പരമ ഭക്തർ പാവം കൃത്ത എരിക്കാ അവർ വന്നു അവർ ഒന്നും ദുർവാസാവ എരിക്കരല്ലേ സുദർശനം കൃത്യ എരിച്ചപ്പും പാത്താ പരമ ഭക്തരാ ദുർവാസിക്കാ നമസ്കാരം സേവിച്ചിട്ട് പോണോ വന്നാൽ ദുർവാസ ദുർവാസാവ നമസ്കാരം സുദർശന ആൾവർ വന്നാ ഇവർ ഓടുവർ ഭക്ടസ്കാരം ഓടിനാലും പിന്നാലെ വരട്ടി വന്ന് വിഴിന്ന് കാൽ പിടിച്ച് നമസ്കാരം അവർക്ക് നിമ്മതിർ ഓടർശന ആവർ പി ഓട അവർ നമസ്കാരം പോടി ഓടി ഓടി ഓടി പ്രമാ ലോകം വരെ പോയിട്ട് പ്രമാവോട് ലോകത്തിലേ പ്രത് എന്നെ എപ്പാത്ത ദുർവാസ മഹ്സി കളക് ഏതാ അവർക്ക് വയറ്റ കിടക്കുക പ്രഹ്മാക്ക് സ്വാമി സുദർശന ചക്ര എമ്പിന സദർശന ചക്രം അഴകാ കയ്യ കട്ടി സത്യലോകം വാസല നിക്കരുത് മഹർഷി ഏതോ കാര്യമാ പ്രഹ്മാട്ട പേശ പോയിക്കാർ വെളിയിൽ വന്നപ്പോ നമസ്കാരം പണിക്കലാം എല്ലാവരും ഉള്ള വന്നിരിക്കലേ അത് ഉള്ള വരലേ വാസലേ ഇവർ ഉള്ള പോയി സ്വാമി പ്രമാകട്ട എപ്പിയാവും സുദർശന ചക്രത്തിലേ കാപ്പാത്ത അത് പൊസിക്കുന്നത് പിന്നാലെ വന്ന പ്രാർപ്പ് അതെല്ലാം ഊർജ്വ ലോക വിഷയം അത് എന്നാലോ എന്നോട് ലോകത്തിലെ ചേർന്ന വിഷയം ഇല്ല കയ്യം ചോട്ടാ അങ്ങനെ കൈലാസത്തിവഭക്തർ കൈലാസത്തി ദുർവാസാവേ വാറും രണ്ടാച്ചു ശിവ പരമേശ്വരനുക്ക് പ്രവചനം മണ്ണും പാക്ക് ആരുമേ കിടക്കമാട്ടേക്ക് ഇവർ വന്നാരോ ഇല്ലയോ ഉറും സ്വാമി സുദർശന ചക്രക്കാരും ഗോവിന്ദീർത്തനം ഈശ്വരൻ ബ്രഹ്മവിദ്യ അത് വന്ന് ശരത് കുമാര നാരദർ ബ്രഹ്മ കവിലർ അവാന്തര തപസ് ദേവനൻ ആസുരഹിവാ ഋഷികൾ ദേവതകൾ ഇവഴേം പേർ തന്നെ തെരഞ്ഞെടുപ്പ ശരി ഒക്കോണ്ടേവ് പാർവദീപ് പോയിട്ടാസത്തിലേക്ക് ഓടി പോണ സുദർശനം പിന്നാലെ വരുന്നത് നേര വൈകുണ്ഠത്ത് പോയി സന്ദഹ്യമാനോ അജിതശസ്ത്രവന്ദിനത്പാദമൂലേ പതിത സവേ പഥു അച്യുത അനന്ത സദീപ്സിത പ്രഭോസം മാവഹി വിശ്വഭാവന ഹേ അച്യുത ഹേ അനന്ത ഹേ പ്രഭോ നാം പാപം എന്നെ കാപ്പാത്തണം സുദർശനത്തക്കനും പിന്നാലെ തുറത്തരുത് സുദർശനം അംബരീഷൻ തുറത്തണം ഇല്ലേ സ്വാമി പിന്നാലെ വന്നുശനം അപ്പം തുറത്താതെ പാപം പണ്ണുട്ടേതം പ്രഹത്തുഹു കുരുതേ അസീവം സാധുക്കൾക്ക് ഏതാ ദ്രോഹം പണിനിയാ അവ നിസ്സങ്കമാക്കാലേ അവാസ്ത്ര നിയമം അത് തൂണ്ല പന്ത എകും അത് അങ്ങനെ അതേമാതിരി സാധുക്കൾ എമേ അവർ ശാന്തമാ കട്ടം തട്ടിന്പ്പറ ഇത്തരം തട്ടുവേനക്ക് മാന രോഷം കയ്യാത ബുദ്ധർ ചെന്ന പഴം മധുര പലഹാരങ്ങളെല്ലാം കൊണ്ടുവന്നാ വെച്ചോ നാ അത് എയുമേ എടുത്തക്കലേ എന്നാ തീർത്തിട്ട് പോവേ അതേമാതിരി കൊ കൊണ്ടെങ്കിൽ നടുത്തക്കലെ നാ എടുത്തേ ഭഗവാൻ സാധവോ ഹൃദയം മഹ്യം സാധു നാം ഹൃദയം സാധുക്കൾ എന്നോട് ഹൃദയം നാ സാധുക്കളോട് ഹൃദയം അവാളെ തവ എവരെ അവരത് ശരീരത്തിലെ നാമ രണ്ട് പേരും രണ്ടാർക്കേ തവര ആത്മാവിലെ നാങ് രണ്ട് പേരും ഒന്ന് സാധുക്കൾ സദാ എങ്കേ ലീനമാർക്കാ നാധുക്കളുടെ ലീനമാക്കാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം അഹം അഹം ഭക്തപരാധീന ഹി അസ്വതന്ത്ര യുവത്വിജ സർവസ്വതന്ത്രമാണ് വസ്തു അത് എങ്ക അസ്വാതന്ത്ര്യം ആ ഭഗവാൻ അസ്വതന്ത്ര യുവത്വിജ സർവസ്വതന്ത്രം താ ബ്രഹ്മം എല്ലാ സിദ്ധാന വസ്തുതാ ഈശ്വരൻ ആനാ അത് ഈശ്വരൻ അസ്വതന്ത്രൻ ഏസ്വതന്ത്ര സാധുക്കൾ മുഖേനത്ത പ്രപഞ്ചത്തിലെ പ്രകാശമാകുന്നത് സാധുക്കൾ എന്നയ പ്രണയ രസന ഏകാദശ നല്ല ഭക്തിക പട്ടനൂലാല കട്ടി ഹൃദയത്തില അവളെ തവർ എനിക്ക് എതുമേ തരാതെ എന്നെ തവൾക്ക് എതും തരുന്നത് അറവേ എന്നെ ചേർന്ന അടിയാർ മറ്റൊന്നും അറിയാത്ത ഭഗവാനേ കത്തിന് ഇരിക്കുന്ന സാധുക്കൾക്ക് വേറെ എതും തരാല അംബരീഷൻ കാൽ പോയി വിഴ ദുർവാസ തുമ്പ വരാർ അംബരീഷൻ കാലയേ പോയി വിഴറാർ അംബരീഷൻ രൊമ്പ പരിഭ്രാന്തനായി ദുർവാസാവ എഴുപ്പി താൻ വിഴുത നമസ്കാരം എത്രവാ സുദർശന ചക്രത്തെ നമസ്കാരം ഹേ സുദർശനമേ ്ജോപരഹ എന്ത പ്രാഹ്മണനുക്ക് ജ്വരം നീങ്ങണം ബ്രാഹ്മണനുക്ക് എന്ത വിധത്തിലും ദോഷം വരപ്പെടാതെ അപ്പൊ നമസ്കാരം പിന്ന സുദർശനം തുമ്പോ ദുർവാസ അവർ സുഖമാ സാപ്പം അവർ ഒരു നാടകം നടത്ത വന്നിരിക്കോ ഇല്ലയോ അവർ എടുക്കാർ ഭക്തനോട് മഹിമയെ പ്രചാരമാണ് വന്നിരിക്കാർ ദുർവാസ വാർത്ത പേരുക്കേർത്താ ദുഷ്ടാംശി വാസാംസിതോ കിഞ്ഞ കണ്ടതുണിയെ കട്ടി അർത്ഥം യാതൊന്നും അദ്ദേഹത്തിന് ആവശ്യം ഇല്ലാ ഏതോ ഒരു പഴന്തുണി കൊടുത്തോണ്ട് നടക്കുന്ന ആളാണ് ദുർവാസവ അദ്ദേഹത്തിന് ഒരു പദാർത്ഥത്തിലും ആഗ്രഹമില്ല ഇവിടെ വന്ന് ഒരു നാടകം നടത്തി സാധാരണ നമുക്ക് എന്തെങ്കിലും അപമാനം നടന്നാൽ വേറെ ആർക്കെങ്കിലും നടന്നാൽ നാട് നമ്മൾ പറയും വേറെ ആർക്കെങ്കിലും അറിഞ്ഞോ അവർക്ക് എന്താ സംഭവിച്ചോ എന്ന് പറയും നമുക്കാണെങ്കിൽ നടന്നതെങ്കിലോ മുൻണ്ടേ ഇല്ല അല്ലെ ഒക്കെ ദുർവാസ മഹർഷി എന്നെ പിണ്ണാറൂർ ഊരാ പോയി വീട് വീടാ കയറി ഉള്ള തെരഞ്ഞുതോ നടന്നത് ന അമ്പരീഷനോട് അങ്ങ് അപ്പൊ ഇപ്പൊടി ഒരു സമ്പവം ഏർപ്പെട്ടത് ഊരൂരാ തുറത്തിട്ട് എന്ന സുദർശന ചക്രം അത് അമ്പരീഷനോട് മഹിമയെ നാ ഇതാ പാത്തേ അഹോ അനന്തദാസാനം മഹത്വം ദുഷ്ടമ്യമേ ഇവിടി യാരും ചൊല്ല മുടും തന്നോട വ്യക്തിത്വത്തെ താഴ്ത്തീണ്ടും ഭക്തനോട് മഹിമയെ പ്രചാരം പണനമൊരു മഹി മഹത്വത്തോട് ദുർവാസ മഹർഷി വന്നിട്ട് പോണർ അപ്പൊ അംബരീഷനോട് മഹിമയെ ലോകത്തിലെ പ്രചാരം പണ്ടത്തുക്ക് ദുർവാസാവ ഭഗവാനെ അനപ്പി വെച്ചാർ അന് അമ്പരീഷൻ പരമഭാഗവതനായി ക്രിയാകലാപ മാര്ഗത്തിലെ ഭക്തി പണി അപ്പൂജി നമസ്കാരം അർച്ചന നാമസങ്കീർത്തനം അപ്പൊ കിയാകലാപ മാര്ഗത്തിലെ ഭക്തി പണി അവഴയേ ആനന്ദമാംബരീഷനോട് രാജ്യത്തിൽ ഇക്കനങ്ങളാം ഭക്താലാർക്ക യദ്ത് ആചരതി ശ്രേഷ്ഠ തത്തദേയത് പ്രമാണം കുരുതേ ലോകസ്ഥത വർത്തനെ സമൂഹത്തിന് നേതാവ് എന്ന് നമ്മൾ ധരിച്ചിട്ടുള്ള ആൾ എന്ത് ചെയ്യണോ എല്ലാവരെയും അത് ചെയ്യും ഇപ്പൊ തന്നെ നമുക്ക് നോക്കുക സമൂഹത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഭരണം ചെയ്യുന്ന ആള് നിത്യപൂജയും അനുഷ്ഠാനവും ഭക്തിയുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ജനങ്ങൾ എങ്ങനെ ഉണ്ടാവും യഥാർത്ഥ ഭക്തനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അതിൽ കൂടുതൽ എന്ത് ഭാഗ്യം ആ ജനങ്ങളൊക്കെ ഭക്തന്മാരായിട്ട് ഇരിക്കണം അങ്ങനെ അംബരീഷിന്റെ രാജ്യത്തിനോട് ഉപമിച്ചു നോക്കുമ്പോൾ ബ്രഹ്മാതിലോകങ്ങൾ പോലും നരകതുല്യമായി പോയി എന്നാണ് എന്ന് വെച്ചാൽ അത്രയും താണുപോയി അങ്ങനെ അംബരീഷൻ സമൃദ്ധമായി ഭക്തിയോട് രാജ്യഭരണം ചെയ്ത് പൂർത്തി ചെയ്തു അങ്ങനെ അംബരീഷ് ചരിത്രം അടുത്തത് രാമാവതാരം മുഖ്യമായിട്ടുള്ള ഭാഗം രാമാവതാരം അത് കുറച്ച് അധ്യായം വായിച്ചിട്ട് കാണാംകന്ധം ആരംഭിക്കുന്നത് തന്നെ സ്വയംഭവമനുവൻ നിന്നും ആ വംശം കീർത്തിച്ചുകൊണ്ടാണ് ആ വംശത്തിലാണ് അംബരീഷൻ വന്നത് പിന്നീട് അംബരീഷന്റെ വംശം ആ വംശത്തിൽ മാന്ധാതാ മുതലായിട്ടുള്ള മഹാപ്രഭാവശാലികളായിട്ടുള്ള ചക്രവർത്തികളൊക്കെ വന്നു ആ വംശത്തിൽ തന്നെ വളരെ പ്രസിദ്ധനായ ഘട്ടുവാൻ എന്ന രാജാവ് ജനിച്ചു കഠ്വാൻ ദേവലോകത്തിലേക്കൊക്കെ ദേവന്മാർ യുദ്ധത്തിനായിട്ടൊക്കെ കൂട്ടിക്കൊണ്ടുപോയി യുദ്ധത്തിൽ ദേവന്മാർക്ക് ജയം നേടിക്കൊടുത്ത ശേഷം ദേവന്മാർ ചോദിച്ചു അങ്ങേക്ക് എന്ത് വരമാ വേണ്ടത് രാജാവ് പറഞ്ഞു എനിക്ക് വരമൊന്നും വേണ്ട എനിക്കെപ്പോഴാ മരണം കുറച്ച് മുഹൂർത്തം സമയമേ ഉള്ളൂ അദ്ദേഹം ഉടനെ പത്മാസനസ്ഥനായി ഇരുന്ന് ബ്രഹ്മലീനായി അതെങ്ങനെയാ ഒരു രാജാവ് രാജ്യഭരണം ചെയ്താൾ യുദ്ധമൊക്കെ ചെയ്താൾ ക്ഷത്രിയധർമ്മം ഇങ്ങനെ മരണം സമയം അറിയുമ്പോഴേക്കും അങ്ങനെ പത്മാസനസ്ഥനായിരുന്നു യോഗസ്ഥിതിയിൽ ശരീരം ഉപേക്ഷിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ രാജാവ് തന്നെ പറയുന്നു കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സ് മറ്റൊരു വസ്തുവിലും വ്യാപരിച്ചിട്ടില്ല നമേ ബ്രഹ്മകുലാത് പ്രാണാഹ കുലദൈവാത്മജാഹ ന ശ്രീയോ നമഹീരാജ്യം അതിവല്ലഭാഹ എപ്പോഴും ജ്ഞാനികളുടെ സംഘത്തിലും കുലദൈവത്തിനെ ആരാധിക്കുന്നതിലുമല്ലാതെ എനിക്ക് രാജ്യത്തിലോ പത്നിയിലോ ബന്ധുക്കളിലോ വസ്തുക്കളിലോ ഒന്നും തന്നെ എന്നെ മനസ്സിൽ ചെന്നിട്ടില്ല എന്ന ബാല്യേപ്പി മതിർമഹ്യം അധർമ്മേരമത്തെക്കൊച്ച് കൊച്ചുകുട്ടിയായിരിക്കുമ്പോ പോലും അധർമ്മത്തിൽ എന്റെ മനസ്സ് രമിച്ചിട്ടില്ല അതൊന്നും മാത്രമല്ല നാപശ്യം ഉത്തമശ്ലോകാത് അന്യത് കിഞ്ചന വസ്തു അഹം ചക്രവർത്തിയായ രാജ്യഭരണമൊക്കെ ചെയ്ത ആളാണ് പറയണത് ഞാൻ എന്റെ ജീവിതത്തിൽ ഭഗവാനെ അല്ലാതെ മറ്റൊന്നിനെയും കണ്ടിട്ടില്ല എന്നാണ് നാപശ്യം ഉത്തമശ്ലോകാത് അന്യത് അപ്പൊ ഇത്രയൊക്കെ പ്രവർത്തിച്ചത് യുദ്ധം ചെയ്തതും അതാണ് ജ്ഞാനികളുടെ നമുക്ക് മനസ്സിലാവാത്ത രഹസ്യം എന്നാണ് എല്ലാ പ്രവൃത്തിയും ചെയ്യണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു യുദ്ധം യുദ്ധമടക്കം ചെയ്യുന്നു പിന്നെ കുടുംബകാര്യമൊക്കെ പറയണം യുദ്ധമടക്കം ചെയ്തിട്ട് അദ്ദേഹം പറയുക നാപശ്യം ഉത്തമ ശ്ലോകാത് അന്യത് കിഞ്ചന വസ്തുവഹം ഞാൻ ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ കണ്ടിട്ടില്ല ദേവന്മാർ എന്ത് വരം വേണം ചോദിച്ചപ്പോ നവറിനേ തമഹം കാമം ഭൂതഭാവന ഭാവന ഭഗവാൻ എന്റെ ഹൃദയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഒന്നും തന്നെ ഇല്ല ഈ ദേവന്മാര് വിക്ഷിപ്തേന്ദ്രിയ ഗ്രാമാ സദാ ഇന്ദ്രിയങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയ സുഖത്തിൽ വർത്തിക്കുന്നവർക്ക് സദാ ഹൃദയത്തിൽ ശാശ്വതമായുള്ള ആത്മാവിനെ അവരെവിടെ അറിയും ആത്മജ്ഞാനമില്ലാത്ത ദേവന്മാര് അസുരന്മാരാണെന്നാണ് ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ട് ജ്ഞാനികളെ സംബന്ധിച്ച് ദേവലോകം പോലും അസുരലോകമാണ് അസൂര്യാനാമത്തെ ലോകാഹ അന്ധേനതമസാവൃതാഹ ഈ ദേവന്മാർക്കും നവിന്ദന്തി പ്രിയം ശശ്വത് ആത്മാനം കിമു താപരേ അധേഷമായ രചിതേഷു സംഘം ഗുണേഷു ഗന്ധർവുരൂപമേഷു ഈ മുമ്പിൽ കാണുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ ഗന്ധർവപുരം എന്ന് ഇന്ദ്രജാലം സ്വപ്നം പോലെ മാജിക് പോലെ കാണുന്നതാണ് ഇതൊന്നും സത്യമല്ല എന്ന് നല്ലവണ്ണം എനിക്കറിയാം രുടം പ്രകൃത്യാത്മനി വിശ്വകർത്തു ഭാവേന ഹിത്വ തമഹം പ്രപദ്ധ്യേ ഞാൻ ആ ഭഗവാനെ ശരണാഗതി ചെയ്യുന്നു എന്ന് നിശ്ചയം ചെയ്ത് ഈ കട്ടുവാംഗൻ പദ്മാസനസ്ഥനായി യത് ബ്രഹ്മപരം സൂക്ഷ്മം അശൂന്യം ശൂന്യകൽപ്പം ഭഗവാൻ വാസുദേവേദി യം ഗൃഹന്തീ ഹി സാത്വ ബ്രഹ്മനിഷ്ഠനായിട്ട് ബ്രഹ്മജ്ഞാനിയായി ബ്രഹ്മലീനായി സമാധിസ്ഥനായി ശരീരം അങ്ങനെ ഘട്ടുവാംഗ ചരിത്രം ആ ഘട്ട്വാന്റെ വംശത്തിലാണ് ദീർഘബാഹു രഘു ദേവന് തന്നെ ആയിരിക്കാമൊരു പക്ഷേ ദീർഘബാഹു എന്ന് പേര് രഘു രഘുവിന്റെ പുത്രനായി അജൻ അജന്റെ പുത്രനായി ദശരഥൻ ദശരഥ പുത്രനായി സാക്ഷാത് ഭഗവാൻ രാമലക്ഷ്മണഭരത ശത്രുഘ്നന്മാരായിട്ട് അവതരിച്ചു ഗീർവാണൈരർത്ഥ്യമാനോദശമുഖനിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാഷ്ടദുഷി ദശരഥക്ഷ ഭൃത്തെ പാഹസഗ്രി തത് പുരന്ധ്രീഷു സമു ജാതഭാസു ജാത രാമസ്ത്രം ലക്ഷ്മണന സ്വയമരതേനൊപ്പി ശത്രുഘ്നം രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരാ ഭഗവാൻ അവതരിച്ച पुरु गुरु उ श्लोकल राय ते पर गुरव त्यक्राज्यचरदुनम पत्पद्या प्रिया पास्पर्श अक्षम मृजितपथुजो हरीद्रानु्या वैरूप्याशूर्पण्यारहुषारोपित्रू विजृंबे ഖലദവതഹനോ കോസലേന്ദ്രോ അവതാന്ന രാമാവതാരത്തിന് ത്യാഗമാണ് രാമാവതാരത്തിന് മുഖ്യം ഗുരുഹർത്തേ തരാജ്യ എങ്ങനെയുള്ള രാജ്യത്തിനെയാണ് ഭഗവാൻ ത്യജിച്ചന് തക്ുസ്ഥജസുരേപ്സിതരാജ്യലക്ഷ്മി ധർമ്മിഷ ആര്യവജസ യദഗാദരണ്യം ൃഗംസിതമൻവധാവേ മഹാപുരുഷത്തെ ശരണാരവിന്ദം ഈ ത്യാഗം എങ്ങനെ സാധിച്ചു എല്ലാ ത്യാഗത്തിനു പുറകിലും ജ്ഞാനമാണ് കാരണം ജ്ഞാനം ഹൃദയത്തിലുണ്ടെങ്കിൽ ത്യാഗം സുലഭമാവും ത്യാഗേനൈക്കേ അമൃതത്വമാണ് ശുഹു എന്ന് നമുക്കും ഭഗവാൻ ആദർശം കാണിച്ചു തരാം ഭോഗം കൊണ്ടല്ല ത്യാഗം കൊണ്ടാണ് ശാന്തി അമൃതാനുഭവം പൂർണാനുഭവം എന്നുള്ളത് രാമാവതാരത്തിൽ വളരെ മുഖ്യം ഭഗവാൻ ഈ ത്യാഗത്തിന്റെ മാർഗദർശനം ഭഗവാൻ തന്നെ ഒരു ശിഷ്യനായി വസിഷ്ഠനെ ഗുരുവായി ചെയ്തുകൊണ്ട് വസിഷ്ഠനോട് ഭഗവാനെ എനിക്ക് ഉപദേശിച്ചു എനിക്ക് ഈ സംസാര ദുഃഖങ്ങൾ സഹിക്കുവയ്യ എനിക്ക് രാജ്യം വേണ്ട പട്ടാഭിഷേകം വേണ്ട രാജ്യഭരണം വേണ്ട സുഖസാമഗ്രികളൊന്നും വേണ്ട എനിക്ക് മാർഗദർശനം ചെയ്തു തരൂ എന്ന് വസിഷ്ഠനോട് ഭഗവാനെ ചോദിക്കും രാമചന്ദ്രൻ ഒരു ശിഷ്യനായി വസിഷ്ഠന്റെ മുമ്പിൽ എഴുന്നുകൊണ്ട് വസിഷ്ഠനോട് പറഞ്ഞു ഞാൻ ഈ സംസാരമൊക്കെ നല്ലവണ്ണം കണ്ടിരിക്കുന്നു ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നതും കണ്ടു എല്ലാവരെയും ആശ എന്ന് പറയുന്ന പിശാശ് വലിച്ചാകർഷിച്ച് ഇതശ്ച ഇതരതശ്ചയിനം കൃതാന്ത പരികർഷത്തി അങ്ങനെ ഇങ്ങോട്ടുമൊക്കെ വലിച്ചയക്കാം എത്രയോ മനുഷ്യർ ജീവിക്കുന്നതൊക്കെ കണ്ടു വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടി ഒക്കെ നിലമ്പുത്തി സർവേ ക്ഷയാാന്ത അനുചയഹ പതനാന്ത സമുശ്രയാ ശേഖരിച്ചു വെച്ചതൊക്കെ നശിച്ചുപോയി ഇട്ടുവെച്ച ഡെപ്പോസിറ്റൊക്കെ പോയി കെട്ടിവെച്ച കെട്ടിടങ്ങളൊക്കെ വീണു സംയോഗ വിപ്രയോഗാന്താ കൂടിച്ചേർന്നവരൊക്കെ പെരിഞ്ഞു മരണാന്തം ച ജീവിതം മരണത്തിൽ ജീവിതം അവസാനിക്കുന്നതും ഞാൻ കണ്ടു ഒരു വൃക്ഷത്തിൽ ഫലം പഴുത്തു കഴിഞ്ഞാൽ അടുത്തതെന്താ വീഴുക അതേപോലെ കുറെ ജീവിച്ചു മരിച്ചു പോണു ആളുകൾ ഇതിനെന്ത് അർത്ഥമാണുള്ളത് ഈ ജീവിതത്തിന് അതുകൊണ്ട് ഇതിനെവിടെയാ ഒരു അറുതി എവിടെയാ ഒരു അന്തം അതുകൊണ്ട് ഹേ പ്രഭു എനിക്ക് വഴി കാണിച്ചു തരാ ആദ്യം വിശ്വാമിത്രൻ പറഞ്ഞു സദസ്സിൽ വിശ്വാമിത്രനും ഉണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു രാമ ചെറുപ്പവയസ് യൗവനം ഇപ്പോഴല്ലേ സുഖിക്കേണ്ടത് ഈ യൗവനം പോലെ സുഖമായ ഒരു കാലമുണ്ടോ ഇപ്പോ ഈ തത്വജ്ഞാനത്തിനായിട്ട് പരിശ്രമിക്കണമല്ലോ രാമൻ പറഞ്ഞു സ്വാമി ഇപ്പൊ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അങ്ങ് യൗവനത്തിനെ വാഴ്ത്തുന്നു എനിക്ക് തോന്നണത് തേ ധന്യാഹ തേ മഹാത്മാന തേ ഏവ പുരുഷാ ഭുവി ഏ സുഖേന സമുത്തീർണാഹ അവരാണ് ധന്യന്മാരാണ് അവരാണ് മഹാത്മാക്കൾ ആ ഒരു സുഖമായിട്ട് ഈ സംസാര സമുദ്രത്തിൽ യൗവനത്തിൽ ഒരു കറപറ്റാതെ കടക്കുന്നുവോ അവർ മഹാത്മാക്കൾ അല്ലെങ്കിൽ ഏറ്റവുമധികം അപകടം പിടിച്ച കാലമാണ് ഈ യൗവനം അഹങ്കാരം എന്ന് പറയുന്ന ഒരു മഹാരോഗം എല്ലാരെയും പിടിച്ചിരിക്കുന്നു ഈ ഒരേ ഒരു രോഗം ഒരേ എല്ലാ രോഗത്തിനും മൂലകാരണമായിട്ട് രാമചന്ദ്രൻ വശിഷ്ഠനോട് താൻ കണ്ടുപിടിച്ചതിനെ തന്നെ പറയാണ് അഹങ്കാരവശാദാപത് അഹങ്കാരാ ദുരാതയ അഹങ്കാരവശാത് പരോറിപു ഈ അഹങ്കാരമല്ലാതെ ഒരു ശത്രുവിനെ ഞാൻ ഒരിടത്തും കണ്ടില്ല എല്ലാ ആപത്തിനും മൂലകാരണം ഇതാണ് ആഗ്രഹങ്ങൾക്കൊക്കെ മൂലകാരണം ഇതാണ് ദുഃഖത്തിനും മൂലകാരണം ഇതാണ് എല്ലാ കുഴപ്പത്തിനും മൂലകാരണം ഇതാണ് ഇതിനെ എങ്ങനെ ചികിത്സിച്ച് ഭേദവാക്കും എനിക്കൊരു പിടിയില്ല ഒരു വലിയ വൃക്ഷത്തിന്റെ ഉള്ളിൽ പോ അതിന്റെ കോടരത്തിന്റെ ഉള്ളിലിരുന്നു ഒരു എലി ആ വൃക്ഷത്തിന് കരണ്ട് കരണ്ട് കരണ്ട് അവസാനം വൃക്ഷം പുറമേക്ക് നിൽക്കുന്ന പോലെ ഉണ്ട് അവസാനം ഒരു കാറ്റടിച്ച പൊത്തി ചോട്ടൽ പോലെ ഈ അഹങ്കാരമാവുന്ന എലി ചിത്തത്തിന്റെ ഉള്ളിൽ ഇരുന്ന് ശുഭവാസനകളെയൊക്കെ കരണ്ട് തന്നെ ജീവനെ നിലംപൊത്തിപ്പിക്കും അപ്പൊ എനിക്ക് അവിടുന്ന് വഴി കാണിച്ചു തരണം എന്ന് രാമചന്ദ്രൻ വശിഷ്ഠനോട് പറയെ വശിഷ്ഠൻ ഉപദേശിച്ചതാണ് യോഗവാസിഷ്ഠം ഇരുപത്തിയെട്ടായിരം ശ്ലോകം രാമായണമേ എഴുപത്തിനാലായിരം ശ്ലോകമേ ഉള്ളൂ വസിഷ്ഠൻ ഉപദേശിച്ചത് ഇരുപത്തിയെട്ടായിരം ശ്ലോകം മുപ്പത്തിരണ്ടായിരം ശ്ലോകമുണ്ട് ഇപ്പൊ ലഭിക്കുന്നത് ഇരുപത്തിയെട്ടായിരം ശ്ലോകമോ സ്വച്ഛം അങ്ങനെ വിസ്തരിച്ച് ഭഗവാന് വശിഷ്ഠനിൽ നിന്നും ഭഗവാൻ ഉപദേശം സ്വീകരിക്കണം അങ്ങനെ ഉപദേശം ഗുരുപരമ്പരയോ ഗുരുശിഷ്യ പരമ്പരയോ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ പറ്റില്ലല്ലോ ശ്രീരാമചന്ദ്രൻ തന്നെ ലക്ഷ്മണൻ ഉപദേശിക്കുന്നു അധ്യാത്മരാമായണത്തിൽ ലക്ഷ്മണൻ ഇതേ പ്രക്രിയയിൽ ഭഗവാനോട് ചോദിച്ചു മനസ്സിലാക്കണം ഈ ജ്ഞാനം വാൽമീകി രാമായണത്തിൽ എവിടെയെങ്കിലും സൂചനയുണ്ടോ വാൽമീകി രാമായണത്തിൽ സാധാരണ വേദാന്തമൊന്നും കാണാൻ വയ്യ കുറച്ചൊക്കെ ഭരതോപദേശ സന്ദർഭത്തിൽ ഭഗവാൻ പറയണുണ്ട് ഈ ത്യാഗ സന്ദർഭത്തിൽ കൈകൈകിയൊക്കെ ഒരു സംശയം രാമൻ പോവുകയോ പോവില്ലോ സംശയം ഒക്കെ പറയുന്നുണ്ട് ഞാൻ പോവാം എന്തു പറഞ്ഞാലും കേൾക്കാം എല്ലാം ഉപേക്ഷിക്കാം എന്നൊക്കെ പറയണെങ്കിലും എന്നാലും ഒരു ക്ഷണ നേരം ചോദിച്ചു അച്ഛൻ എന്തുകൊണ്ട് എന്നെ അങ്ങനെ ഇഷ്ടപ്പെടാതെ എന്നോട് നേരിട്ട് പറഞ്ഞില്ല രാജ്യം ഉപേക്ഷിച്ച് പോകാനായിട്ട് അച്ഛനെ എന്നോട് പറയാമായിരുന്നല്ലോ അച്ഛൻ എന്തുകൊണ്ട് പറഞ്ഞില്ല ഭരതനെ പട്ടാഭിഷേകം ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കൈകേകിക്ക് ഒരു ഭയം ഭരതൻ വരുന്നവരെ രാമൻ എവിടെ തന്നെ താമസിക്കുവോ പെട്ടെന്ന് പോകില്ലയോ അപ്പൊ കൈകേകി പറയാണ് യാവതസ്മാത് ബഹിരാത്ത പിതാ താവന്നത്തെ രാമാസ് നാസ്യതേ ഭോക്ഷ്യതേ ഈ പുരിയിൽ നിന്ന് നീ പുറത്തു പോകുന്നവരെ അച്ഛൻ ഊണ് കഴിക്കില്ല വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞു കൈകൈകി അപ്പൊ രാമന് മനസ്സിലായി കൈകൈകിക്ക് പേടിയുണ്ട് ഞാൻ പോവുമോ പോകൂലോ അമ്മയെ പേടിക്കണ്ട എനിക്ക് രാജ്യം വേണ്ട തന്നോട് തന്നെ വളരെ ബഹുമാനത്തോടുകൂടെ അതായത് രാമന് മൂന്ന് തരത്തില ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഹി നോസ് നോട്ട് ദറ്റ് ഹി നോസ് നോട്ട് നെഗ്ലക്ട് ഹിം ഹി നോസ് ദാറ്റ് ഹി നോസ് നോട്ട് ടീച്ച് ഹിം ഹി നോസ് ദറ്റ് ഹി നോസ് ലേൺ ഫ്രം ഹിം മൂന്ന് തരത്തിലെ ആളുകളാണ് അത്ര ചിലർക്ക് അവർക്ക് അറിയില്ല എന്നുള്ളത് അവർക്കറിയില്ല അവരടുത്ത് പോകരുത് എന്നാണ് ചിലർക്ക് അവർക്ക് അറിയില്ല എന്നുള്ളത് അവർക്കറിയാം അവർക്ക് വേണമെങ്കിൽ അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കാം ചിലർക്ക് അവർക്ക് അറിയും അവർക്ക് അറിയാം അവരിൽ നിന്ന് പഠിച്ചുകൊടു അവർക്ക് അറിയും എന്നുള്ളത് അറിയുന്ന കൂട്ടത്തിലാണ് ഭഗവാൻ രാമായണത്തിൽ പലയിടത്തും തന്നെ തന്നെ ഭഗവാൻ പറയും ഇപ്പൊ കൈകൈകി ഈ സംശയം പ്രകടിച്ച സ്ഥലത്ത് രാജ്യത്തിൽ എവിടെയെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ട് രാമൻ നിന്നു എന്നൊരു സംശയം വന്നപ്പോ ഭഗവാൻ പറഞ്ഞു അമ്മ പേടിക്കണ്ട ഈ രാമൻ ക്ഷത്രിയ വംശത്തിനാണെങ്കിലും ബ്രഹ്മ ഋഷികളുടെ കൂടെ കൂട്ടിക്കൊള്ളുക നാഹം അർത്ഥപരോ ദേവി ലോകമാവസ്തു പുത്സഹേ വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം എനിക്ക് ഈ അർത്ഥകാമങ്ങളിലൊന്നും യാതൊരു ആഗ്രഹമില്ല ഈ ധനമോ രാജ്യമോ ഒന്നും എനിക്കൊന്നും യാതൊരു ആഗ്രഹമില്ല രാജ്യം വനവാസോ വനവാസോ മഹോദയ രാജ്യമാണോ ശ്രേഷ്ഠം വനവാസമാണോ എന്ന് വെച്ചാൽ വനവാസമാണോ എല്ലാം കൊണ്ടും കൈകേകി മാതാവിന് എന്നോട് എന്തൊരു കാരുണ്യം കാട്ടിൽ ചെന്നാൽ ഞാൻ എന്റെ ശരീരം മാത്രം രക്ഷിച്ചാൽ ഈ രാജ്യഭരണം എന്നുള്ള വലിയൊരു ചുമട് തന്റെ മകന്റെ ശിരസിൽ കയറ്റിവെച്ച് രാമൻ സൗഖ്യമായിട്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആ കാരുണ്യത്തിന് എങ്ങനെ നിഷ്കൃതി ചെയ്യുന്നു വനഭൂവി തനുമാത്രാണം അജ്ഞാപിതമ്മേ സകല ഭുവനഭാര സ്ഥാപിതോ തതികസുഖരായയോ തർക്കിതായാം മൈപ്പതതി ഖറീയാൻ അമ്പത്തെ പക്ഷവാത അമ്മയുടെ പക്ഷപാതം എൻ്റെ അടുത്ത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഘനം കൂടുതലാണ് അമ്മയ്ക്ക് ഞാൻ എങ്ങനെ നിഷ്കൃതി ചെയ്തു അപ്പോ വിധിമാം ഋഷിസ്തുല്യം രാജ്യത്തിന് ദേവന്മാരുപോലും കാക്ഷിക്കുന്ന രാജ്യലക്ഷ്മിയെ തെക്വാ ഉപേക്ഷിച്ച് അതോ അല്പം പോലും വിഷമമില്ലാതെ ഉപേക്ഷിച്ച് ഗുരുവർത്തേ തെക്തരാജ്യ ഉപേക്ഷിക്കാന്ന് വെച്ചാൽ ദേവന്മാര് പേടിച്ചുപോയി രാമൻ ഇങ്ങനെ രാജ്യഭട്ടാഭിഷകം ചെയ്ത് ഇരുന്നാലോ അതുകൊണ്ട് ദേവന്മാർ ഒരാളെ പിടിച്ചു മന്ധര മന്ധരയുടെ ഉള്ളിലേക്ക് ദേവന്മാര് പ്രവേശിച്ചു എന്നാണ് ശമ്പുകാരൻ പറയുന്നത് രാമായണത്തിന് മൂലകാരണം ഈ മന്ധരയാണ് അവളില്ലെങ്കിൽ രാമായണ കഥയെ ഇല്ല യാമേവാഹുഹു നിശിചരകുല ഉന്മൂലനെ മൂലഹേതു രാക്ഷസകുല ഉന്മൂലനത്തിന് ഈ കാരണം അങ്ങനെ മന്ത്രയെ കാരണമായി വെച്ചുകൊണ്ട് രാജ്യഭട്ടാഭിഷേക വിഘ്നം വനവാസം മൃദുവായ പാദങ്ങൾ പത്മപദ്ഭ്യം പ്രിയായാ പാണിസ്പർശ അക്ഷമാഭ്യം സീതാദേവി കാല് പിടിച്ചു പോലും കാല് ചുവന്നു പോവും അത്ര പുഷ്പം പോലെയുള്ള പാദങ്ങൾ മൃദിതപഥലുജായോ ഹരീന്ദ്രാനുജാഭ്യാം കാട്ടൽ വിദ്ധം ദണ്ഡകകണ്ടകൈ ആ ദണ്ഡകാരണ്യത്തിലെ മുള്ളും കല്ലും ഒക്കെ കുത്തിക്കൊണ്ട് കാട്ടിൽ നടന്നു ഭഗവാൻ സീതാസമേത്തനായിട്ട് നടന്നു സീതാലക്ഷ്മണ സമയത്തനായിട്ട് ഭഗവാൻ കാട്ടില് നടന്നു അങ്ങനെ കാട്ടില് ഭഗവാൻ ഒരു സുഖം രാമായണത്തിൽ ഏറ്റവും സുഖമായ കാലം രാമന്റെ ജീവിതത്തിൽ ഏറ്റവും സുഖമായ കാലം ഏതാണ് ചോദിച്ചാൽ വനവാസം സീതയെ അവസാനമാണ് അപഹരിച്ചുകൊണ്ടുപോകുന്നത് അതുവരെ ശന ഭഗവാൻ തന്നെ പറയുന്നുണ്ട് സീതെ ഈ വനവാസം എത്ര അമൃതം പോലെ ഇരിക്കുന്നു എത്ര സുഖമായിട്ടിരിക്കുന്നു ഓരോ ഭാഗവും വർണ്ണിച്ചു കൊടുക്കുന്നു ആ നദി ഒഴുകുന്നു മന്ദാഗിനി നദിയില് സ്വർണ വീണിട്ട് അങ്ങനെ ഒഴുകിപ്പോണത് സീതയ്ക്ക് കാണിച്ചു കൊടുത്ത് ഈ സൗന്ദര്യം നമ്മൾ നാട്ടിലെവിടെ കാണും സ്വർണപുഷ്പങ്ങൾ വീണു മന്ദാകിനി നദി സ്വർണ്ണക്കളറിൽ ഒഴുകിപ്പോവും സീതയ്ക്ക് ആ നദിക്കരയിൽ ഇരുന്നുകൊണ്ട് വേദവേദാന്തങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഥാസംസക്തമായ സഹ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കാട്ടിൽ സ്വതന്ത്രമായിട്ട് നാട്ടിലാവുമ്പോൾ രാവിലെ എണീച്ചാൽ കംപ്ലൈന്റ് ആളുകൾ വരും അല്ലെ രാജാവിന് എവിടെയെങ്കിലും സ്വസ്ഥതയുണ്ടോ കാട്ടിൽ ഭഗവാൻ സുഖമായും മന്ദാഗ്നി തീരത്തിലും ചിത്രകൂടത്തിലും എല്ലായിടത്തും അവിടെ എവിടെയായിട്ട് സുഖമായി കാട്ടിൽ വസിച്ചു ചിത്രകൂടത്തിൽ വെച്ച് ഭരതനുമായിട്ടുള്ള സംവാദമുണ്ടായി ഭരതന് തത്വോപദേശം ചെയ്ത് അനുഗ്രഹിച്ചു പാതുകാ പട്ടാഭിഷേകം ചെയ്തു ഭരതൻ പാതുകയെ രാമപാതുകയെ കൊണ്ടു ചെന്ന് പാതുകാദാസനായി രാജ്യഭരണം ചെയ്തു ചിത്രകൂടത്തിൽ നിന്നും യാത്ര ചെയ്ത് പഞ്ചവിടി തീരത്തിലേക്ക് വന്നു പഞ്ചപിടി ഇന്നും ഇപ്പൊ നാസിക് നമ്മൾ പറയണമല്ലോ പ്രേംബകേശ്വർ ആ സ്ഥലമാണെന്നാണ് പറയുന്നത് ഗോദാവരി തീരം ഗോദാവരി നദീതീരം ഒക്കെ നദീതീരങ്ങളിലൂടെയാണ് യാത്ര രാമായണത്തില് കാട് ഋഷികളുടെ ആശ്രമം ഇതൊക്കെ വാൽമീകി വർണ്ണിച്ച് നമ്മൾ കാണണം ആ ഋഷിയാശ്രമങ്ങളിലൊക്കെ താമസിച്ച് ഋഷികളുടെ ആശ്രമങ്ങളൊക്കെ കണ്ടുകൊണ്ട് പതുക്കെ പതുക്കെ ദക്ഷിണ ദിക്കിലേക്ക് വരികയാണ് എന്തിനാന്ന് അഗസ്ത്യനെ കാണണം അഗസ്ത്യനെ കണ്ട് അഗസ്ത്യാശ്രമ ദേശത്തിൽ മാത്രമേ രാക്ഷസന്മാരുടെ ഉപദ്രവമില്ല കാട്ടിൽ വന്നുടനെ ഋഷികൾ പ്രാർത്ഥിച്ചു ഭഗവാനോട് രാക്ഷസ നിഗ്രഹം ചെയ്ത് ഞങ്ങളെയൊക്കെ രക്ഷിക്കണം ഭഗവാൻ വാക്കുകൊടുത്തു അതിനാണല്ലോ ഞാൻ ധനുസ് ധരിച്ച് നടക്കുന്നത് നിങ്ങളെ രക്ഷിക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ സീത രണ്ട് വാക്ക് പറഞ്ഞു ഭഗവാനോട് സീത പറഞ്ഞു എനിക്ക് ഞാൻ അങ്ങെ ഉപദേശിക്കുകയാണെന്ന് ധരിക്കരുത് അങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ പറയൂ അവിടുന്ന് ഈ കാട്ടിൽ എന്തിനായി ധനുസ് പിടിച്ച് നടക്കുന്നത് സീത രാമനോട് ചോദിക്കണം ഒരാൾക്ക് മൂന്ന് വിധത്തിലുള്ള അപചാരം വരും ഒന്ന് വാക്ക് പറഞ്ഞ് പാലിക്കാതിരിക്കുക രണ്ട് പരസ്ത്രീകളോട് ആസക്തിയാവുക മൂന്ന് വിനാവൈരം ചൗദ്രത നമ്മളോട് വെറുപ്പില്ലാത്തവർ നമ്മളോട് ചണ്ട കൂടാത്തവരോട് വൈരം ഈ ആദ്യത്തെ രണ്ട് ദോഷവും അങ്ങേക്ക് വരില്ല എന്ന് നല്ലവണ്ണം എനിക്കറിയാം പക്ഷേ ഈ മൂന്നാമത്തെ ദോഷം വന്നു പോവോ എന്ന് എനിക്കൊരു ഭയം രാക്ഷസന്മാർ നമുക്ക് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ലല്ലോ നമുക്ക് നമ്മളെന്തിനാ അവരോട് ചണ്ട കൂടാൻ പോണം ഈ വനവാസം എവിടെ തപസ് ക്ഷത്രിയ ധർമ്മം അവിടെ ഈ ക്ഷത്രിയ ധർമ്മത്തിനെ ഇവിടെ വെച്ച് നമുക്ക് പാലിക്കേണ്ട ഈ ആയുധമൊക്കെ ഉപേക്ഷിക്കാം നമുക്ക് ഈ ഋഷികളെ പോലെ തന്നെ കാട്ടിൽ തപസ് ചെയ്ത് സ്വസ്ഥമായി സമാധിപ്രിയന്മാരായിട്ട് ഇരിക്കാം ഏതെങ്കിലും പത്നി ഭർത്താവിനോട് പറയോ അതുമാത്രമല്ല സീത പറയാണ് നമുക്കിനി തിരിച്ച് അയോധ്യയിലേക്ക് പോണ്ടാം എല്ലാവരും സൗഖ്യമായിരിക്കട്ടെ കൈകേകി സന്തോഷപ്പെട്ടോട്ടെ എല്ലാവരും സന്തോഷിച്ചോട്ടെ നമുക്കിവിടെ വനവാസത്തിൽ കാട്ടിൽ തന്നെ ഇരിക്കാം ഇവിടെ തന്നെ ദേശധർമ്മ സ്തു പൂജ്യതാം ഈ ദേശധർമ്മം എന്താണ് തപസ്സാണ് ഇവിടെ തപസ് ചെയ്തുകൊണ്ട് നമുക്ക് കാട്ടിൽ തന്നെ താമസിക്കാം നാട്ടിലേക്ക് പോകണ്ട എന്നാണ് സീതയുടെ വചനം സാധാരണ ഒരു ഭാര്യയാണെങ്കിൽ എന്തു പറയും എല്ലാം ഉപേക്ഷിച്ച് കാട്ടിന്ന് എന്റെ തലയിൽ എടുത്ത് നിങ്ങളെ കല്യാണം കഴിച്ചു പോയി കാട്ടിൽ കല്ലും ഉള്ളും നടക്കാൻ സീതാദേവി പറയണത് നമുക്ക് കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കാം എന്നാണ് അതാണ് സീതായാ ചരിത്രം മഹത്ത് രാമായണം രാമന്റെ കഥയല്ല സീതയുടെ കഥയാണ് അപ്പൊ ഭഗവാൻ സീത വാക്ക് പറഞ്ഞപ്പോ ഭഗവാൻ ഒന്ന് മന്ദസിച്ചു ചിരിച്ചു സന്തോഷത്തോടെ എന്നിട്ട് പറഞ്ഞു സീത ഇപ്പൊ ഈ തെരുവിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ വന്ന് ചോദിക്കും നീ ജനകന്റെ പുത്രിയല്ലേ ചോദിക്കും വേറെ ആർക്കിങ്ങനെ പറയാൻ കഴിയും കുലം ജ്യപതിശിന്ധ്യാച്ച ധർമ്മജ്ഞേ നീ കുലം ഏത് കുലത്തിൽ ജനിച്ചവളാണ് എന്നുള്ളത് ആരും പറയാതെ തന്നെ പ്രകടമാക്കിക്കൊണ്ട് വാക്കുകൾ ഉച്ചരിക്കുന്നു ഹേ ജനകനന്ദിനി വേറെ ആർക്കും ഇങ്ങനെ പറയാൻ കഴിയില്ല പക്ഷേ നമുക്ക് തപസ് നമുക്ക് ശോഭനമാണെങ്കിലും നമ്മളുടെ ധർമ്മത്തിനെ വിട്ടുകൂട ഈ ഋഷികളെ രക്ഷിക്കേണ്ടത് ചുമതലയാണ് അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഭഗവാൻ വനത്തിൽ ഋഷികളെ ഋഷികൾക്ക് രക്ഷ കൊടുക്കാനായിട്ട് വന്നാണ് പഞ്ചവടി താമസിക്കുന്നതും പഞ്ചവടിയിൽ ഗോദാവരി തീരത്തിൽ വെച്ചാണ് രാവണ സഹോദരിയായ ശൂർപ്പണകയെ കാണുന്നതും അതാണ് കഥയുടെ മുഖ്യമായ രണ്ട് ഘട്ടം ഒരു ഘട്ടം മന്ധരയെ കാണുന്നത് മന്ധര വരുന്നത് ഈ രണ്ട് ഘട്ടത്തിലും വാൽമീകി എതിർച്ഛ എന്നുള്ളൊരു പദം പ്രയോഗിച്ചു യതിർച്ഛയാ മന്ധര മേല അവിടെ കഥ ഒരു ടേണിംഗ് പോയിന്റാണ് എതിർച്ചയാ ശൂർപ്പണക അവിടെ വന്നു അതൊരു ടേണിംഗ് പോയിന്റാണ് ഇത് രണ്ടും ഒരു ടേണിംഗ് പോയിന്റാണ് കഥയിൽ മുഖ്യമായ രണ്ടിടത്തും ആരുരോഹ എതിർച്ചയാ തേശം രാക്ഷസീ കാത്തി ആചകാമ എതിർച്ചയാ ആ രാക്ഷസി അവിടെ എതിർച്ചയാ വന്നു അവളിങ്ങനെ ചുറ്റി നടക്കുകയാണ് അശുദ്ധ ബുദ്ധി എന്നാണ് പറയുന്നത് സുഖബ്രഹ്മി എന്താ അശുദ്ധ ബുദ്ധി വാസനാമയ ദൃഷ്ടി ശുദ്ധ ബുദ്ധിയാണെങ്കിലോ നമുക്ക് എല്ലാം ശുദ്ധമായിട്ട് കാണും അശുദ്ധ ബുദ്ധിയാണെങ്കിലോ എല്ലാം അശുദ്ധമായിട്ട് കാണും മഞ്ഞപ്പിത്തം പിടിച്ച ആൾക്കെല്ലാം മഞ്ഞയായിട്ട് കാണും ഷൂർപ്പണകിക്ക് ശ്രീരാമനെ കണ്ട് രാമൻ എവിടെ ഉണ്ടോ അവിടെ കാമമില്ല ഇവൾക്ക് രാമനെ കണ്ട് കാമം ഉണ്ടായി എന്നാണ് അലഞ്ഞു നടക്കുകയാണ് സിലോൺന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു അവിടെ ഇവിടെ വന്ന് ഈ കാട്ടിലിങ്ങയെ അലഞ്ഞു നടക്കുകയാണ് രാവിലെ എണീറ്റാൽ അലങ്കാരമൊക്കെ ചെയ്ത് വലിയ വലിയ നഖമുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് ശൂർപ്പനഖെന്ന് പേര് ആ നഖത്തിലൊക്കെ പെയിന്റ് അടിച്ച് കാട്ടിലിങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അലഞ്ഞു നടന്നപ്പോഴാണ് ഒരു പുതിയ കുടീരം കണ്ടത് കുടീരത്തിൽ ഭഗവാൻ ധനുസിനെ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്നു ഇവൾ കണ്ടു കണ്ട ഉടനെ അടുത്തു ചെന്നു മറ്റു രാമായണങ്ങളിലൊക്കെ ഇവൾ വേഷം മാറി സുന്ദരിയായി വേഷം കെട്ടി ചെന്നു എന്നാണ് വാൽമീ രാമായണം വാൽമീക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞു കാമരൂപിണി എന്ന് പറഞ്ഞു അതിന് കാമരൂപിണി എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള രൂപം എടുക്കുന്നവൾ എന്ന് മാത്രമല്ല അർത്ഥം കാമമേ അവളുടെ രൂപം ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു ഇവൾക്ക് രൂപം മാറണം എങ്കിൽ തന്റെ രൂപത്തിന് സൗന്ദര്യം പോരാൻ തോന്നണമല്ലോ അത് തോന്നു അവൾക്ക് അവൾ അടുത്ത് ചെന്നു രാമന്റെ അടുത്ത് ചെന്നു ആരാണ് അങ്ങ് തന്റെ കഥയൊക്കെ ഭഗവാൻ രുചുബുദ്ധിതയാ സർവം രുചുബുദ്ധിയായിട്ട് താൻ ദശരഥപുത്രനാണെന്നും എല്ലാ കഥകളും പറഞ്ഞു ശൂർപ്പണഘടത്ത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു അവൾ പറഞ്ഞു ഞാനാണ് അങ്ങയ്ക്ക് അനുരൂപയായ ഭാര്യ അങ്ങയ്ക്ക് എല്ലാം കൊണ്ടും അനുരൂപയാണ് ഞാൻ രാവണന്റെ സഹോദരിയാണ് ഈ കാട്ടിൽ അങ്ങേക്ക് അപകടമാണ് എന്നെ വിവാഹം കഴിച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം അപ്പോ സീതാദേവി അടുത്തു വന്നിരുന്നു കവി പറയണത് നീല ആകാശം നീല ആകാശത്തില് കറുത്ത് ഇരുണ്ട സ്വർണവർണ്ണത്തിൽ ഇടിമിന്നൽ പോലെ ഭഗവാൻ കാർമേഘവർണനായിട്ടിരിക്കുന്നു സീതാദേവി സ്വർണ്ണവർണത്തിൽ അടുത്തു വന്നിരുന്നു सीधे കണ്ടോടെ ആരാ ഇവൾ ഇവളാണ് എന്റെ ധർമ്മപതി അയ്യേ ഇവളോ ഒട്ടിയ വയറോടെ എനിക്ക് നോക്കൂ വാൽമീകി പറയണു രണ്ടും എങ്ങനെയോ ഉണ്ടെന്ന് വെച്ചാൽ സുമുഖം ദുർമുഖീരാമം വൃത്തമധ്യം മഹോദരീ വിശാലാക്ഷം വിരൂപാക്ഷി സുകേശം താമ്രമൂർധാം പ്രിയം അപ്രിയ രൂപാസാം ി ന്യായവൃത്തം സുദുർവൃത്ത രണ്ടുപേർക്കും കോൺട്രാസ്റ്റ് ആണ് ഭഗവാൻ എങ്ങനെയുണ്ട് സുമുഖം ആ സുമുഖം എന്ന് പറഞ്ഞാൽ പോരാ വർണ്ണിക്കാൻ വേറെ ആരെയും കിട്ടിയില്ല എന്നാണ് ഭവഭൂതി പറയണത് എന്തിനാ വേണ്ടി രാമായണം എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോ ഭവഭൂതി പറയണത് വാൽമീകി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേലെ പോകാൻ വയ്യ ചോട്ടിലെങ്കിലും പോവാതിരിക്കാലോ ഗന്ധർവരാജപ്രതിമം ോകെ വിഖ്യത പൗരുഷം ദീർഘബാഹു മഹാസത്വ മതമാതാമി ചന്ദ്ര രാമ അപൂർവദർശനം ൗദുണൈ പുംസാ ദൃഷ്ടി ചിത്ത ഘർമാതപർജന്യ ഹാദയന്ത പ്ര തർപ്പസമായാം പശ്യമാധോണരാധിപശരഥന്റെ ദൃഷ്ടിയാണ് ദശരഥന്റെ അടുത്തേക്ക് ഭഗവാൻ വരുക സുമന്ത്രർ പോയി വിളിച്ചുകൊണ്ടുവരും അലങ്കാരമില്ല എണതച്ച് കുളിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് അങ്ങനെ നടന്നു വരുമ്പോ ദീർഘബാഹും കൈയങ്ങട്ട് നീട്ടിയിട്ടാൽ മുട്ടുവേരം ഉണ്ടെന്ന് നടന്നു വരുമ്പോൾ ആ സൗന്ദര്യത്തിന് എന്താണ് ഒരു ഉപമ എന്തെങ്കിലും ഒരു ഉപമ വേണമല്ലോ ഗന്ധർവരാജപ്രതിമം സൗന്ദര്യത്തിന് എപ്പോഴും ഗന്ധർവന്മാരാണ് അതിലും ചിത്രരഥൻ ഗന്ധർവാണാം ചിത്രരഥ എന്ന് ഭഗവാൻ ഗീതയിൽ പറയാം ഗന്ധർവരാജപ്രതിമം ചിത്രരഥന് വേണമെങ്കിൽ ഭഗവാനോട് തുലനം ചെയ്യാം എന്നുള്ള മാതിരി ലോകേ വിഖ്യാത പൗരുഷം പൗരുഷത്തിന് വേറെ ആരെയും ഉദാഹരണം പറയാം വയ്യാന്നാണ് ലോകേ വിഖ്യാത പൗരുഷം ദീർഘബാഹും മഹാസത്വം മതമാതംഗഗാമിനം ആന നടക്കുന്നത് കാണാനേ ഒരു ഭംഗിയാണ് അതും മതം ഉള്ള ആനയാകുമ്പോ അതിനൊരു പ്രത്യേക ഒരു ഗാംഭീര്യം എന്നാണ് അതാണ് സാമജവര ചന്ദ്രകാന്താനനം രാമം സൂര്യവംശത്തിലാണെങ്കിലും പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ ഏർപ്പെടുന്ന ഒരു കുളിർമ പോലെ ആ മുഖം കാണുമ്പോ ഒരു കുളിർമ ചന്ദ്രകാന്താനനം രാമം അപൂർവപ്രിയദർശനം രൂപ ഔദാര്യ ഗുണൈഹി രൂപം മാത്രമല്ല ഔദാര്യ ഗുണം എന്ന് ഹൃദയം ഒരുങ്ങുന്നു എന്നാണ് ആ രൂപം കാണുമ്പോൾ ഹൃദയം ഒരുങ്ങുന്നു ചന്ദ്രനെ കാണുമ്പോ ചന്ദ്രകാന്തക്കല്ല് ഉരുകുന്ന പോലെ രാമനെ മുമ്പിൽ കാണുമ്പോ ഹൃദയം ഉരുകുന്നു എന്നാണ് കാണുന്ന ഭക്തന്മാർക്കൊക്കെ അതുകൊണ്ട് കണ്ണു കാണാത്തവർ പോലും രണ്ടു വശത്തും വന്ന് നിൽക്കേണ്ടതാണ് വാൽമീകി ഭരണം എന്താണെന്ന് വെച്ചാൽ രാമൻ ഞങ്ങൾ നോക്കുമല്ലോ രാമചന്ദ്രൻ ഞങ്ങൾ നോക്കുമല്ലോ ആ ദൃഷ്ടി ഇങ്ങോട്ട് വേട്ടെ യശ്ച രാമം നശ്യേത്തു യം രാമോ ന നിന്ദിത സർവലോകേഷു സ്വാത്മാപ്യേനം വിഗർഹത്തെ രാമൻ ആരെ കണ്ടില്ലയോ ആർക്ക് രാമനെ കാണാൻ പറ്റിയില്ലയോ അവരവരെ തന്നെ നിന്ദിച്ചു എത്ത ജീവിതം വ്യർത്ഥമായി നങ്ങനെ ഭഗവാൻ അലൗകിക സൗന്ദര്യ ഗുണ ഗുണനിധിയായും രക്ഷിതാ ജീവലോകധർമ്മ പരിരക്ഷിത രക്ഷിത സ്വസ്യധർമ്മ സ്വജനസരക്ഷിത ആ പ്രഭുവിനെ മുമ്പിൽ കണ്ടി ഈ ചുറുപ്പണക സുമുഖം ദുർമുഖി ഇവിടെ കണ്ടാലേ ഭയങ്കരമായിട്ടുണ്ട് വൃത്തമധ്യം ഭഗവാന്റെ അംഗങ്ങളൊക്കെ സമസമവിഭക്താംഗ ഒക്കെ സമമായിട്ടുണ്ട് അത്ര സാമുദ്രികാലക്ഷണം ഇത് ശരീരം വന്നെയല്ല ഒരാളുടെ രൂപം എന്ന് പറയുന്നത് അയാളുടെ മനസ്സാണ് ഇവളുടെ ഭാവ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ മഹാ ഉദരി മഹാ ഉദരം ചിലർക്ക് ആ ഉദരം വലിയ ഉദരമാണെങ്കിൽ നല്ല സൗകര്യമാണ് ഡൈനിങ് ടേബിളൊന്നും വേണ്ട വെച്ചെഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും ഭാഗവതം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി അതൊന്നും വേണ്ട വൃത്തമദ്യം മഹോദരി ഒരാൾ ചോദിച്ചു എത്ര നോക്കൂ എന്നാണ് എന്താ നിങ്ങൾക്ക് നോക്കിക്കൂടെ വെച്ചാൽ കാല് കാണാൻ വയ്യ വൃത്തമദ്യം മഹോദരി വിശാലാക്ഷം ഭഗവാന് വിശാലമായ കണ്ണുകൾ കണ്ണുകൾ സമുദ്രം പോവുക സമുദ്രത്തിൽ അലയടിക്കുന്ന പോലെ കാഴുണ്യം വിശാലാക്ഷം വിരൂപാക്ഷി ഇവളുടെ കണ്ണോ ഭയങ്കരമായി കനൽ കട്ട പോലെയുണ്ട് സുകേശം വിശ്വാമിത്രൻ പോലും കണ്ടു മോഹിച്ച് കാകപക്ഷധരം ആ കൺ തലമുടി ഇങ്ങനെ കുറുനരകൾ മുമ്പിൽ വീണുകിടക്കുന്ന ആ രാമനെ എനിക്ക് വിട്ടുതരൂ എന്നാണ് ദശരഥം ഇവളുടെ തലമുടി എങ്ങനെയുണ്ട് താമ്രമൂർദ്ധജ തേങ്ങ ചകിരി നാളികേരത്തിന്റെ ചകിരി വെച്ച് ഓട്ടിച്ച പോലെ സുകേശം താമ്രമൂർധ പ്രിയം കാണുമ്പോ തന്നെ ഭഗവാനെ കാണുമ്പോ പ്രിയം ഇവളോ അപ്രിയരൂപാസ കാണുമ്പോ തന്നെ അലർജിയാം ദക്ഷിണം വാമഭാഷിണി എല്ലാ ധർമ്മവും മൂർത്തി നിൽക്കുന്നു ഇവളോ അധർമ്മം മൂർത്തി കൊണ്ട് നിൽക്കുന്നു അങ്ങനെയുള്ളവൾ പറഞ്ഞു അഹമേവ അനുരൂപാത്തെ ഭാര്യാരൂപേണ പശ്യമാം സീതയോ സീതയെ ഞാൻ ഭക്ഷിച്ചത് ഇവിടെ ധൈര്യമായിട്ട് രാക്ഷസന്മാരെ കല്യാണം കഴിക്കില്ല അത്ര എന്താന്ന് വെച്ചാൽ രാവിലെ ഭർത്താവിനെ കാണാനില്ല സീതയെ ഞാൻ ഭക്ഷിക്കാം എന്നാണ് ഭഗവാൻ തമാശ ആയിട്ട് പറഞ്ഞു എന്റെ അനിയൻ ലക്ഷ്മണൻ അവിടുമുണ്ട് എന്നെ കാണും സൗന്ദര്യവും കൂടും നല്ല സ്വർണ വർണം കോപമേ വരില്ല ആ പത്നി കൂടെ ഇല്ല ഇവ പരിഹാസ അവിചക്ഷണ അങ്ങട്ട് ചെന്നു ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെന്നു പിന്നെ ലക്ഷ്മണൻ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചു കുറെ കഴിഞ്ഞ് നമുക്കറിയാം മൂക്കും ജവിയും ഒക്കെ മുറിച്ചു കൂട്ടും അംഗഭംഗം അവിടുന്ന് ഓടിക്കൊണ്ട് ചെന്നു രാവണന്റെ അടുത്തേക്ക് രാവണനോട് ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞു മൂക്കില്ലാതെ പറഞ്ഞു അത്ര രാവണൻ ഒന്നും മനസ്സിലായില്ല ഞമ്മണ ഒന്നുമില്ല എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നാണ് രാവണന്റെ അടുത്ത് കുറെ കഴിഞ്ഞിട്ടാണ് രാവണന് പിടികെട്ടിയത് പിന്നീടുള്ള കഥയൊക്കെ നമുക്കറിയാം കഥയുടെ വഴിത്തിരി മാരീച്ചന് പൊന്മാനായിട്ട് വന്നതും സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി ലങ്കയിൽ കൊണ്ടുവച്ചതും സീത പൊന്മാനെ കണ്ട് മോഹിച്ചുപോയി തോല് കണ്ടു മയങ്ങിപ്പോയി എന്നാണ് ഛന്മാ ഹൃതചേതന ആ തോല് കണ്ടു മയങ്ങിപ്പോയി എന്നാണ് തോല് കണ്ടു വയങ്ങിയാൽ ഭഗവാനെ വിട്ട് പിരിയും ആ ജീവൻ ഭഗവാനെ വിട്ടു പിരിഞ്ഞു ലങ്കയാവുന്ന ശരീരത്തിൽ കുടുങ്ങി അവിടെ രാവണനാവുന്ന രജോഗുണം കുംഭകർണനാവുന്ന തമോ വിഭീഷണനാവുന്ന സത്വഗുണം അശോകവാടികയാവുന്ന ഹൃദയസ്ഥാനത്തിൽ ഈ ജീവനെ കുടിയിരുത്തി കാമക്രോധാദികളായ രാക്ഷസികൾ ചുറ്റും സംസാര ഈ ശരീരമാവുന്ന ലങ്ക ആഞ്ജനേയസ്വാമിയായ സദ്ഗുരു വന്നു വേണം ഇനി ഗുരു ജീവനെയും ഭഗവാനെയും ചേർത്തി വയ്ക്കാനായിട്ട് ഭഗവാൻ സീതയെ അന്വേഷിച്ച് പ്രാകൃതനെ പോലെ കരഞ്ഞുകൊണ്ട് നടന്നു ഏവം വിലപ്യ ബഹുദാ ദയിതാം വിചിന്വൻ രാമോ നത്ര ധൃതിമാന ച ലക്ഷ്മണോ താദൃവിധാ കഥയൻ സ്വവാചാ വൽമീകജന്മ മുനിരേവ കഠോരചേത രാമൻ എങ്ങനെ കരഞ്ഞു എന്ന് വെച്ചാൽ ചമ്പൂകാരൻ പറയണം അത് പറയാൻ ഞാൻ വാൽമീകിയല്ല വാൽമീകിക്ക് എന്താ കുഴപ്പം നിങ്ങൾ പറഞ്ഞുവല്ലോ വാൽമീകി അമ്മയുടെ വയറ്റിന് ജനിച്ചതല്ല ഉറുമ്പുപുറ്റന്ന് ജനിച്ചതാണ് കഠോര ചേതാഹ ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിച്ച ആൾക്ക് പറയാൻ നോക്കൂല ഉറുമ്പുപുറ്റന്ന് ജനിച്ചതാണത് അതാണ് ഇത്ര കഠോരമായിട്ട് രാമൻ കരഞ്ഞതും സീതയെ പിരിഞ്ഞതുമൊക്കെ പറഞ്ഞത് ഉറുമ്പുപുറ്റന്ന് ജനിച്ചു എന്ന് വെച്ചാൽ നിന്ദയല്ല നിന്ദ പോലെയുള്ള സ്തുതി എന്ന് വെച്ചാൽ തപസ്സുകൊണ്ട് സ്ഥിരപ്രജ്ഞത്വം നേടിയതുകൊണ്ട് വാൽമീകിക്ക് പറയാം എനിക്ക് പറയാൻ വയ്യ സുഖബ്രഹ്മ മഹർഷി ഇവിടെ പറയണതേ രാമൻ കരഞ്ഞുകൊണ്ട് നടന്നു എങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു എന്ന് വെച്ചാൽ സ്ത്രീകളോട് സംഘം വന്നാൽ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരും എല്ലാവർക്കും സന്ദേശം വിളിച്ചു കൂവികൊണ്ട് നടന്നു സ്ത്രീസങ്കിടാം ഗതിമിതി രാമനാണെങ്കിലും വിഷമിക്കേണ്ടി വരുന്നു വിളിച്ചുകൂവിക്കൊണ്ട് നടന്നു എന്നാണ് സ്ത്രീസങ്കിടാം ഗതിമിതി പ്രഥയംസാര സുഖബ്രഹ്മ മഹർഷി ജീവൻ മുക്തനായതുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായിട്ട് പറഞ്ഞിട്ട് പോയി രാമൻ എങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു അങ്ങനെ ഭഗവാൻ പ്രാകൃതനെ പോലെ കരഞ്ഞും വിഷമിച്ചും കൊണ്ട് അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ചു വന്ന് ശബരിയും ദൃഷ്ട പമ്പാതടേത്വം സമ്പ്രാപ്തോ വാതസൂനും വിഷമുദിതമനാ പാഹിവാതാല ശബരിയെ കണ്ടു ശൂർപ്പനകിയെ കണ്ടപ്പോ ഭഗവാന് സൗന്ദര്യമൊന്നും തോന്നിയില്ല അവൾ സൗന്ദര്യായി വേഷം കിട്ടി വന്നാലും ശബരിയെ കണ്ടപ്പോ ഭഗവാൻ പറഞ്ഞു എന്തൊരു അഴകും സൗന്ദര്യം തപസ്സുകൊണ്ട് പഴുത്തും ശബരി കൊച്ചുകുട്ടിയായിരിക്കുമ്പോ രാമൻ വരും കേട്ടതാണ് മതംഗ മഹർഷി പറഞ്ഞിട്ട് മതങ്കന്റെ കൂടെ തനിക്കും പോകണമെന്ന് ആ വേടസ്ത്രീ വേടക്കുട്ടി മതങ്കൻ പറഞ്ഞു കുഞ്ഞേ ഞങ്ങൾക്ക് കിട്ടാത്ത ഭാഗ്യം നിനക്ക് കിട്ടാൻ പോകുന്നു സാക്ഷാത് ഭഗവാൻ അവതരിച്ച് നിന്നെ വരും അന്നുമുതൽ ഈ ശബരി ശ്രമണിക തപസ്വിനി രാവിലെ ആയാൽ പഴങ്ങളൊക്കെ പറിച്ചു വയ്ക്കും ആശ്രമത്തില് പുഷ്പം വിരിക്കും മതംഗമഹർഷി താമസിച്ച് ആ ഇരുന്ന പീഠത്തിന് പൂജിക്കും തന്റെ രാമനാരാന്ന് അവൾക്കറിയില്ല അവൾക്ക് അവളുടെ ഗുരുവിനെ അറിയുള്ളൂ ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരുവാക്യം പുഷ്പം വിരിച്ച് ഫലങ്ങൾ കൊണ്ടുവന്ന് വെച്ച് മുമ്പിൽ പോയി കുറെ നേരം നിൽക്കും അവിടെ കാണുന്ന കുട്ടികളോട് പറയും രണ്ടുപേരും വരുന്നുണ്ടോ നോക്കൂ കയ്യിൽ ധനുർദ്ധാരികളായിട്ട് കുട്ടികളെ ചെന്ന് നോക്കിയിട്ട് ആദ്യമൊക്കെ പറഞ്ഞു ഇല്ല ചേച്ചി വരണില്ല എന്നുവെച്ചാൽ ചേച്ചിയാണപ്പോ എന്നുവെച്ചാൽ ആ സമയത്ത് രാമൻ ജനിച്ചിട്ടേ ഇല്ല അന്ന് മുതൽ തുടങ്ങി ദിവസം ഈ പുഷ്പം വിരിക്കല് അലങ്കരിക്കല് വിളക്ക് കൊളുത്തി രാവിലെ ഒരു ഇത്ര ദിവസമായി കാത്തുവല്ലോ രാമൻ വന്നില്ലല്ലോ ഇല്ല ഈ കാക്കലാണ് തപസ് കാക്കലാണ് ഭക്തി കാണുന്നതിൽ എന്തുകൊണ്ട് കാക്കലാണ് ഭക്തി ജീവിതം മുഴുവൻ ദിവസവും അങ്ങനെ കുറെ കാലമായാൽ ദിവസം രാവിലെ വന്നാൽ കുട്ടികളുടെ അടുത്ത് രണ്ടുപേർ വരുന്നുണ്ടോ നോക്കൂ ആ കുട്ടികൾ പറയൂ അത്രേ ഈ മുത്തശ്ശി എന്റെ മുത്തശ്ശിൻ്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളും മിണ്ടാതിരിക്കും എന്നുവെച്ചാൽ അത്ര കാലമായി നടത്തം ദിവസം എന്നാലോ രാമൻ ഇത്ര കാലം വന്നില്ലല്ലോ വരില്ല എന്നോ ഇല്ല ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് ബസങ്ക മഹർഷി പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ വരും വരും ഭഗവാൻ വരുന്നതിലും പോകുന്നതിൽ എന്തുകൊണ്ട് ഈ കാത്തിരിക്കലാണ് തപസ്സ ഇതാണ് ഭക്തി ഓരോ ദിവസവും രാവിലെയായാലും ഇന്ന് ഭഗവാൻ വരും ഒരു ഭാവം അതെങ്ങനെ ഉണ്ടാവും ഇന്ന് ഭഗവാൻ വരും ജലം കൊണ്ടുവന്ന് വെക്കൂ പുഷ്പം വരിച്ചു ആശ്രമത്തിന് ഫലങ്ങൾ കൊണ്ടുവന്ന് രാമൻ വരുന്നുണ്ടോ രാമൻ വരുന്നുണ്ടോ രാമൻ വരുന്നുണ്ടോ ദൃഷ്ടി അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് അവളുടെ തലയൊക്കെ വെള്ളിക്കമ്പിയായി ശരീരമൊക്കെ പ്രവാതയെ കദളിയതാ കാറ്റിലാടുന്ന വാഴ പോലെയായി അവസാനമാവുമ്പോൾ ദൂരത്തുനിന്ന് കുട്ടികൾ വന്ന് ഓടി വന്ന് പറഞ്ഞു മുത്തശ്ശിദാ രണ്ടുപേരും അങ്ങ് ചോദിച്ചില്ലേ വരുന്നു ഓടിച്ചെങ്ങുന്നത്ര ശബരി കാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ഭഗവാന്റെ മുമ്പിലേക്ക് ഭഗവാനോ കണ്ണുകൊണ്ട് കുടിക്കുന്ന പോലെ ശബരിയെ നോക്കി ശരീരം വിരച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കണു ലക്ഷ്മണനോട് പറഞ്ഞു നോക്കും എന്തൊരു സൗന്ദര്യം പഴുത്ത പഴം എപ്പടി എക്കാവ അത് അഴക എന്നപസ്സിന അഴക തപസ്സിന വര അഴക വയസ്സാ വയസ്സാ അഴക ഏറിണ്ടേക്ക യൗവനത്തിനാല അഴക യൗവനത്തിലാ കൊഞ്ചം കൊഞ്ചം വിവേനായിടും ഇപ്പൊ ഇക്കഴും തപസ്നാള അഴക भगवान ഭഗവാൻ ലക്ഷ്മണർ എപ്പിരുക്കാ പാർ ശ്രമണിക്കാ അവഗവാൻ എന്ന കറ കച്ചിത്തേ വർദ്ധതേ തപ കച്ചിത്തേ നിർജിതാ വിഗ്നാ ആഹാരശത ബോധനേ തപസ്വിനീ തപസ്സൊക്കെ പുരോഗമിക്കുന്നുണ്ടോ തപസെല്ലാം നന്നാർക്കാ ആഹാര നിയന്ത്രണം വന്ന് പ്രാണ നിയന്ത്രണം വന്നെല്ലാം ജയിച്ചുട്ടാ തപസ്ലീ പുരോഗമിച്ച തപസുക്ക് സിദ്ധി വന്ന് സന്ദർശന മതങ്ക മഹർഷി ഒരേ ഉപദേശം താഴ്ക്ക പൂരാ രാമൻ വരുവൻ രാമൻ വരുവൻ രാമൻ വരുവൻ കാത്ത അത് തപസ് എപ്പ സിദ്ധി വന്നത് അത്യപ്രാപ്തർശനാം മയാമേ സഫലം ജന്മാ ജീവിതം ജ സുജീവിതം ഇൻക്ക് എന്നീവിതം സഫലമായിടുത്തി ഇൻക്ക് പൂർണ്ണമായിടുത്തി തപസ് സിദ്ധി വന്നിട്ട് മതങ്കര ആരാധിച്ചത് മുന്നോട്ട് നിക്കറേലും മതങ്കരതാ അത് മതങ്കമുണനിക്കാർ രാമർ വന്നിരിക്കാറേ രാമർ വന്നിരിക്കും രാമർക്ക് സാപ്പിട പഴങ്ങൾ കൊടുത്ത് ഇവ എണ്ണത്തിൽ ഉത്സാഹം പൂരാ എങ്കാ ഇങ്ങമുണി ഉടക്കാൻ പാർ ഇന്നിടത്തുതാ അവർ ഉടക്കുന്ന ഹോമം പണ്ണവർ ഇന്നിടത്താ ജപം പണത്തിലെ മുതല പാത്തേ ഭഗവാൻ മുമ്പിലെ വന്ന് നിൽക്കുമ്പോഴേ ധ്യാനം മുഴുവൻ ഗുരുവാണ് ഇത്ര ദിവസം ഭഗവാനെ കാത്തു കൊണ്ടിരുന്നത് എന്തുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് മതംഗ മഹർഷി ഇവിടെ ഇരിക്കും മതംഗമഹർഷി ഇവിടെ പൂജിക്കും മതംഗ മഹർഷി ഞാൻ ഇവിടെ കണ്ടു ഇവിടെ മതംഗ മഹർഷിക്ക് ഞാൻ ഇന്നെ സേവ ചെയ്തു മതംഗ മഹർഷിക്ക് ആരൊക്കെ ശിഷ്യന്മാരുണ്ടായിരുന്നു മതംഗ കഥ അങ്ങനെ രാമൻ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോ തന്നെ ശബരി മോക്ഷ സാക്ഷിഭൂതായ നമ ശബരിക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കുക അവൾ ജീവൻ മുക്ത ഭഗവാൻ നോക്കിക്കൊണ്ടേ ശബരി വിമുക്തയായി അത്രയേ ഉള്ളൂ അങ്ങനെ ശബരിക്ക് വിമുക്തി കൊടുത്തു പമ്പാതീരത്തിൽ വന്നു സംപ്രാപ്തോവാതസൂന്നും ഋഷമുഖാചലത്തിൽ ശത്രു സുഗ്രീവാദികൾ ഇരിക്കുന്നു ഇല അനങ്ങിയാൽ സുഗ്രീവന് പേടി ഗാലി വരുന്നുണ്ടോ എന്ന് ഭയം ആഞ്ജനേയസ്വാമിയോട് പറഞ്ഞു രണ്ടുപേരാ ധനുർദ്ധാരികളായിട്ട് വരുന്നു മലയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് അമ്പ് കിട്ടാലോ പോയി അന്വേഷിച്ചിട്ട് വരൂ ആരാന്ന് അന്വേഷിച്ചിട്ട് വരും അഞ്ജനേയസ്വാമി ഒരു ബ്രാഹ്മണ വടുവായി വേഷം ധരിച്ച് മുമ്പിൽ വന്നു രണ്ടുപേരും കണ്ട ഒരേ പോലെ ഉണ്ട് തേജസ്വികളായിട്ടുണ്ട് എങ്ങനെ ചോദിക്കും നിങ്ങൾ ആരാണോ ചോദിക്കുക എങ്ങനെ ചോദിക്കും ഏട്ടനെ വിളിച്ച് സംസാരിക്കണ അതാണ് സഭ്യത ഇപ്പൊ ഏട്ടനാരാണെന്ന് അറിയാൻ വയ്യ അനിയൻ ആരാണെന്ന് അറിയാൻ വയ്യ രണ്ടുപേരെയും കൂടെ ദ്വിവചനത്തിൽ ആണ് ചോദ്യം അഞ്ജനന്റെ നിങ്ങൾ ആരാണ് രാജ ഋഷിദേവപ്രതിമൂ താപസൗ സംശിതൗ കഥം ദേശം ഇമം പ്രാപ്തൗന്തവർണി നിങ്ങൾ ആരാണ് രാജരിഷി രാജഋഷികളെ പോലുണ്ട് ദേവന്മാരെ പോലുണ്ട് കഥം ദേശമിമം പ്രാപ്തൗ ഈ ദേശത്തിലേക്ക് എങ്ങനെ വന്നു പദ്ഭ്യം പദ്മവനാശാഭ്യം പത്മതനം പോലെയുള്ള ഈ പാദങ്ങളെ വെച്ചുകൊണ്ട് ഈ കല്ലും ഉള്ളും നിറഞ്ഞ ഈ കാട്ടിൽ എന്തിനു വന്നു നിങ്ങൾ ആരാണ് കുറെ ശ്ലോകങ്ങൾ രണ്ടുപേരെയും വെച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് ആഞ്ജനേയസ്വാമി ചോദിക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ നല്ല സംഗീത കച്ചേരി ആസ്വദിക്കണ പോലെ ആസ്വദിക്കാം ആഞ്ജനേയൻ എന്ത് ചോദിക്കണമെന്നുള്ളതല്ല ആ ശബ്ദം ആ മുഖം ആ കണ്ണുകൾ ആ നെറ്റി സാധാരണ ഭക്തൻ ഭഗവാനെ വർണ്ണിക്കും കേശാദിപാദം ഭഗവാൻ ഇങ്ങനെ പാദം മുതൽ ശിരസ് വേറെ ശിരസ് മുതൽ പാദം വരെ അങ്ങനെ ദൃഷ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഈ പറയുന്നതിനൊന്നും ഉത്തരം പറയാതെ ലക്ഷ്മണനോട് പറയുകയാണ് നോക്കൂ ന മുഖേ നേത്രയോശാപി ലേജ്രുവോസ്തത അന്യേഷു അങ്കേഷു ദോഷ ഹേ ലക്ഷ്മണ ഇവന്റെ മുഖത്തിലോ നെറ്റിയിലോ കണ്ണുകളിലോ തോളുകളിലോ കാലുകളിലോ ഉദരത്തിലോ അംഗങ്ങളിലോ ഒരിടത്തും ഒരു ദോഷമില്ല ഇവ മഹാപുരുഷനാണ് ഇവൻ സാധാരണനല്ല എന്ന് ലക്ഷ്മണസ്വാമിയോട് ഭഗവാൻ പറയാണ് മാത്രമല്ല ആഞ്ജനേയും അങ്ങ് ആരാണെന്ന് ചോദിച്ചതിന് ഭഗവാൻ സർട്ടിഫിക്കറ്റ് കൊടുക്ക ഇവന്റെ വർത്തമാനം ഇവൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ നാ ൃഗ്വേദവിനീത ന അയജുർവേദധാരണ നസാമവേദ വിദുഷ ശക്യമേവം പ്രഭാഷിതും നൂനം വ്യാകരണം കൃത്സ്നം അനേന ബഹുധാ ശ്രുതം ഹുവ്യാഹരദാനിത് അപശ്ദിതം ഇവൻ ഋഗ്വേദിയാണ് യജുർവേദിയാണ് സാമവേദിയാണ് നിശ്ചയം എന്താ ലക്ഷണം എന്ന് വെച്ചാൽ ഋഗ്വേദത്തിൽ സ്തുതിച്ച് സ്തുതിച്ച് സ്തുതിച്ച് വിനയം വരും ഇവന് വിനയമുണ്ട് നാ ഋഗ്വേദ വിനീതസ് യജുർവേദത്തിൽ മന്ത്രങ്ങൾ ധരിക്കണമെങ്കിൽ നല്ല ധാരണാശക്തി വേണം ഇവന് ധാരണയുണ്ട് ന അയജുർവേദധാരണ സാമഗാനം ചെയ്യണമെങ്കിൽ വൈതുഷ്യം വേണം ഇവന് വൈദുഷ്യമുണ്ട് എന്നാ അസാമവേദ വിദുഷ ശക്യമേവം പ്രഭാഷിതും അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല ഇവന്റെ വാക്ക് കേൾക്കുമ്പോൾ ഇവൻ ത്രിവേദവും അധ്യയനം ചെയ്തിട്ടുണ്ട് ഒരപശബ്ദമില്ല ഇവൻ വ്യാകരണം നല്ലവണ് അറിഞ്ഞവനാണ് ഒരാള് രണ്ട് മിനിറ്റ് വർത്തമാനം പറയുമ്പോഴേക്കും എന്തൊക്കെയാ പിടികിട്ടണമെന്ന് നോക്കൂ ഒരു അപശബ്ദമില്ല ഉച്ഛാരണത്തിൽ ഒരു അശുദ്ധിയില്ല ഉച്ചരിച്ചാൽ ഇയാൾ ഏത് നാട്ടുകാരനാ മനസ്സിലാവും ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഏത് നാട്ടുകാരനാ മനസ്സിലാവും ചിലർക്ക് ചില പ്രത്യേക ഉച്ചാരണങ്ങളുണ്ട് ബംഗാളികളാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ ഷെയിം ടു യു അവർക്ക് അവർക്ക് സാവ വരികയില്ല ഉച്ചാരണത്തിന്റെ സ്പെഷ്യാലിറ്റിയാണ് പ്രത്യേകതയാണ് ആഞ്ജനേയ സ്വാമിയെ ഭഗവാൻ അങ്ങനെ വർണ്ണിക്കുന്നു അങ്ങനെ ആഞ്ജനേയ ശ്രീ രാമസഖ്യം ഏർപ്പെട്ടതോടുകൂടെ രാമായണം മംഗളമായി സുഗ്രീവനും ശ്രീരാമചന്ദ്രനും കൂടെ സഖ്യം ഏർപ്പെടുത്തി ആഞ്ജനേയസ്വാമി സീതാന്വേഷണത്തിന് ഉള്ള ഏർപ്പാടായി ബാലി വധം നടന്നു സമുദ്രതീരത്തിലേക്ക് വന്നു അന്വേഷിച്ച് വാനരന്മാർ ഭഗവാൻ ആഞ്ജനേയനോട് തന്നെ തെരഞ്ഞെടുത്ത് തന്റെ മോതിരം കൊടുത്തു സമുദ്രതീരത്തിൽ വന്നു ഓരോ വാനരന്മാരായി ഇപ്പൊ സമുദ്രം എങ്ങനെ തരണം ചെയ്യും നൂറ് യോജന വിസ്തീർണം തരണം ചെയ്യും ഓരോരുത്തരും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് വയ്യ ചാക്യാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് ഓരോ കുരിങ്ങനായിട്ട് പറഞ്ഞു എത്ര ഒരു യോജന ചാടാം ഒന്നര യോജന ചാടാം പറഞ്ഞു അവസാനം ജാമ്പവാൻ പറയാണ് ഉത്തിഷ്ടഹരിശാർഥൂല ലംഘയസ്വമഹാർണവം പരാഹി സർവഭൂതാനാം ഹനുമന് വ്യാഗതിസ്തവ ഹനുമന് ഹരിരാജസ് സുഗ്രീവസ് സമോഹ്യസി രാമലക്ഷ്മണയോശാജസാജലജക്ക ഉഷ്ടരിശാർധൂന ലംഘയസ്വമഹാർണവം ഈ മഹാസമുദ്രത്തിനെ ലംഘനം ചെയ്യും അങ്ങേക്കല്ലാതെ വേറെ ആർക്കത് സാധിക്കും എന്ന് തന്റെ പൂർവം ഒക്കെ ബോധിപ്പിച്ച ജാമ്പവാൻ ആഞ്ജനേയ സ്വാമിയെ എഴുന്നേൽപ്പിച്ചു ആഞ്ജനേയൻ ലോകമംഗളത്തിനായിക്കൊണ്ട് ശ്രീരാമനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് സിദ്ധചാരണ ഗന്ധർവന്മാരുടെ ചാരണപഥമായ ആകാശത്തിൽ സഞ്ചരിച്ച് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടും സീതയെ കണ്ട് മോതിരം കൊടുത്തും രാമനെയെ കിട്ടിയ പോലെ സീത സന്തോഷിച്ചു എന്നാണ് രാമനെയെ കണ്ട പോലെ സന്തോഷിച്ചു രാവണനെയും കണ്ട് ലങ്ക ചുട്ടരിച്ചു ലങ്കാദഹനവും ചെയ്ത് പോണ കാര്യം പൂർണ്ണമായും ചെയ്ത് കൂടുതൽ കാര്യം സാധിക്കുകയും ചെയ്തു ലങ്കയെ മുഴുവൻ അഗ്നിക്കിരയാക്കി വീണ്ടും തിരിച് ഇങ്ങോട്ട് വന്ന സീതാവാർത്തയെ ഭഗവാൻ കൊടുക്കണം ഭഗവാൻ പറഞ്ഞു ഞാൻ തനിക്ക് എന്ത് തരും ഇതിനെന്ത് പ്രത്യുപകാരം ഏഷ സർവസ്വഭൂതസ്തു പരിശ്വങ്കോ ഹനൂമത ഇതിന് ഇനി എനിക്കെന്ത് തരാനൊക്കും ആ സർവസ്വഭൂതമായി ഈ പരിഷ്വങ്കം എന്ന് പറഞ്ഞ് ആഞ്ജനേയ സ്വാമിയെ ഭഗവാൻ ആലിംഗനം ചെയ്തു തനിക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞു അത്ര ഭഗവാൻ എന്താന്ന് വെച്ചാൽ പ്രത്യുപകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല അത്രേ ചില കാര്യങ്ങൾക്കും ഒരാളിപ്പം റോഡിൽ കിടക്കുന്നു എന്ന് വെച്ചാൽ നമ്മളെ അയാളെ കാറിലാക്കി ആസ്പത്രി കൊണ്ടുപോയി എന്തോ അപകടത്തിൽ വീണതാണ് ആശുപത്രിയിലായി ബോധം വന്നപ്പോ നിങ്ങളാണോ എനിക്ക് ഈ ഉപകാരം ചെയ്തത് നിങ്ങൾക്കും ഞാൻ ഇതേപോലെ ഉപകാരം ചെയ്യണം എന്ന് എന്താവും നരഫ് പ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി പ്രത്യുപകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഇൻഡയറക്റ്റായിട്ട് ആപത്ത് വരണം എന്ന് ഭഗവാൻ പറഞ്ഞു തനിക്കിങ്ങനെ ചെയ്യാൻ എനിക്കൊരു സന്ദർഭം കിട്ടാതിരിക്കട്ടെ എന്ന് ആഞ്ജനേയന് അത്തരത്തിലുള്ള വിഷമം ഒന്നും ഉണ്ടായില്ല അങ്ങനെ ആഞ്ജനേയസ്വാമിയെ അനുഗ്രഹിച്ചും ഭഗവാൻ സേതുബന്ധനത്തിനായി സമുദ്രതീരത്തിൽ വന്നു സമുദ്രം വിളിച്ചിട്ട് ആദ്യമൊന്നും വന്നില്ല അവസാനം കോപിച്ചു ഈശ്വരത്വം അവിടെ ലക്ഷ്മണനോട് പറഞ്ഞു ഹേ ലക്ഷ്മണ ധനുസു കൊണ്ടുവരൂ സമുദ്രത്തിന് ഞാനിപ്പൊ തന്നെ ഇരിക്കുന്നുണ്ട് പദ്ഭ്യം ദുപ്ലവംഗമാ കൊരങ്ങുകളും നടന്നു പോട്ടേണ്ട അപ്പൊ സമുദ്രരാജൻ മുമ്പിൽ ആവിർഭവിച്ചു സേതുബന്ധനത്തിന് വേണ്ടതൊക്കെ ആയി സേതുബന്ധനം ചെയ്ത് മഹായുദ്ധം നടന്നു ആദ്യം അങ്കതന്റെ ദൂതം അംഗതദൂതും പരാജയപ്പെട്ടതോടുകൂടെ യുദ്ധത്തിനുള്ള ഏർപ്പാടായി യുദ്ധം നടന്നു രാക്ഷസന്മാരെയൊക്കെ വധിച്ച് അവസാനം രാവണവധവും കഴിഞ്ഞ് സീതയെ വീണ്ടെടുത്തുകൊണ്ട് അഭിസ്വർണമയ്യ ലങ്കാനമേ ലക്ഷ്മണ രോചതേ ജനനി ജന്മഭൂമിശ്ച സ്വർഗാദിഗരീയസി ലങ്ക സ്വർണ്ണമയ്യാണെങ്കിലും ലക്ഷ്മണ എനിക്ക് രുചിക്കണില്ല ജന്മഭൂമി സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠമെന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു വന്നു പട്ടാഭിഷിക്തനായി രാമോ രാമോ രാമ ഇതി പ്രധാനമഭവത് കഥാ രാമഭൂതം ജഗദഭൂത് രാമേ രാജ്യം പ്രശാസതി രാമോ രാമജനൈ ശ്രുത രാമനേക്കാൾ രാമനാമം രണ്ട് അക്ഷരം രാമ ശതകോടി രാമായണം എന്ന് തുളസീദാസ് കഥ പറയുന്നു ആദ്യമായി ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്നും നൂറുകോടി ശ്ലോകങ്ങൾ ആവിർഭവിച്ചത് ഈ വാർത്ത അറിഞ്ഞതും മനുഷ്യരും ദേവന്മാരും ചെന്ന് ഞങ്ങൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞു മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തി മൂന്ന് കോടിയായിട്ട് ശിവൻ പിരിച്ചു കൊടുത്തു പിരിച്ചു കൊടുക്കാൻ ശിവനാണ് അപ്പൊ ഒരു കോടി ബാക്കി വന്നു മുപ്പത്തിമൂന്ന് ലക്ഷം മുപ്പത്തി ലക്ഷം മുപ്പത്തിമൂന്ന് ലക്ഷമായിട്ട് പിരിച്ചു കൊടുത്തു ഒരു ലക്ഷം ബാക്കി വന്നു മുപ്പത്തി മൂവായിരം മുപ്പത്തി മൂവായിരം പിരിച്ചു കൊടുത്തു ആയിരം ശ്ലോകം ബാക്കി വന്നു ഇവർ വീണ്ടും പറഞ്ഞു ഞങ്ങൾക്ക് വേണം മൂന്ന് പേർക്കും പിരിച്ചു തരണം മുന്നൂറ്റി മുപ്പത്തി മൂന്നായിട്ട് പിരിച്ചു കൊടുത്തു ഒരു ശ്ലോകം ബാക്കി വന്നു അപ്പോഴും ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു മുപ്പത്തിരണ്ട് അക്ഷരമുള്ള ശ്ലോകത്തിനെ പത്ത് പത്ത് പത്ത് ആയിട്ട് പിരിച്ചു കൊടുത്തു മൂന്ന് പേരും എടുത്തു രണ്ട് അക്ഷരം ബാക്കി അത് നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞു ഭഗവാൻ എടുത്ത് ഹൃദയത്തിൽ വെച്ചു രാമ തുളസീദാസിന്റെ കഥയാണ് രണ്ടുപേരുണ്ട് അക്ഷരം രാമായണത്തിന്റെ സാരം എന്താ രാമ രാമീതി മധുരാംവാണി മിത്രോഭ്യഭാഷ ദശരഥൻ അടുത്തുനിന്ന് രാമനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വിശ്വാമിത്രൻ വിളിച്ചു എന്ന് വാൽമീകി പറയുമ്പോൾ തന്നെ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ ഗംഭീര പ്രകൃതി കുട്ടികൾ വിശ്വാമിത്രനെ ഭയന്നു കൊണ്ടാണ് പോണത് സതസിലിക്കൊക്കെ വരുമ്പോ എല്ലാവർക്കും പേടി അത്ര ഗംഭീരം കോപിഷ്ടനാണെന്നൊക്കെയാണ് പേര് അതേ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയി സതയു തീരം കടന്ന് കാട്ടിലേക്ക് കടന്നതും വിശ്വാമിത്രന്റെ മുഖഭാവം മാറി അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് രാമേ തി മധുരം വിശ്വാമിത്രോഭ്യഭാഷ ആ ഗംഭീരഭാവമൊക്കെ വിട്ട് മുത്തശ്ശൻ പേരക്കുട്ടികളെ വിളിക്കുന്ന പോലെ രാമാന്ന് മധുരമായിട്ട് വിളിച്ചു അത്രേ വാൽമീകി പറയുമ്പോൾ തന്നെ ആ രാമനാമ പ്രീതി അങ്ങനെ രാമചരിത്രത്തിനെ ചുരുക്കി ശ്രീശുഖബ്രഹ്മമഹർഷി അനുഗ്രഹം ചെയ്തു ഇനിയിതാകൃഷ്ണാവതാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അഥ സർവഗുണോ വേദ താള പരമശോഭന യർഹ്യ ജനജന്മർഷം ചാന്ദർഷഗ്രഹതാരകം ദിശ പ്രസേ ദുർഗജനം നിർമ്മലോടുഗണോദയ മഹീമംഗള ഭൂയിഗ്രാമ പ്രകാര നദ്യ പ്രസന്നലിരാ ഹ്രജലരുഹശ്രിയുല സന്നാവനരാജയ വവോവായുസുഖർശ പുണ്യഗന്ധവു അഗ്രയച്ഛാ ശാത മനം ശാസൻ പ്രസന്നേ സാധൂനമസുരഗ്രുഹ ജാമാനേ ജനേതസ്േദുർദുന്ദുഭയോ ദിവി ജഗുക്കിരജന്ധരുവാഷ്ടു സിദ്ധാരണ വിദ്യധരിയച്ചതൃതു അപ്സരോഭി സമം ദ മുമുനുഹോ മുനയോ ദിമുദർവിതാര മന്ദം മന്ദം ജലധരാജർജു അനുസാഗരം നിശീഥേ ജാജമാനേ യർദ്യൂപിളിയ വിഷു സർവുഹാശയ യഥാച്യശി ഇന്ദുരിവ പുഷ്ലാമദ്ഭുതം വാരകംബുജേക്ഷണ ചതുർഭുജം ശുഗാധസലക്ഷ്മണശോഭസ്തുവംബരം സാന്ദ്രപയോഗസൗഗം മഹാർഹവൈരുഷ പരിഷത്തസഹസ്രകുന്ദമകുര സ വിസ്മയോത്ഫുല്ലോചനോ ഹരിസും വിനോജ്ഞാനകുന്ദു സ്ഥല കൃഷ്ണാവതാരോത്സവ സമ്പ്രമസ്പൃശന് മുദ്യോ ആയുധമപ്രദോ ഗഗവാൻ അധൈനമസ്തോത വധ്യപൂരുഷം പരമ വൃതാംഗതലി സ്വോജിഷാരതസൂരിഗ്രഹം വിരോജയന്തം വ്യതഭീ പ്രഭാവി വസുധേവ്വാച വിജിോജി ഭവവാൻ ഷത് പുരുഷ പ്രകൃതി പനഃ കെയുഭവാനന്ദ സ്വരൂപുദ്ധിതൃത് സൈവത്തെ സൃഷ്ടഗ്രേ ത്രിഗുണാത്മകം തനുസ്വം ഹി ത് ഹ്യവിഷ്ട്രവിഷ്ടവ ഭാവ്യസേ യഥേമേമ അവികൃതാവത്തേവിതൈസ്സഹ നാനീരെയ പൃഥക്ഭൂത വിരാജം ജനയന്ത സന്നിമത്യസമുശ്യന്മേം പ്രാഗേമ വിദ്യമാനവാദനത്തോമിഹ സംഭവം എന്നുധ്യന്മേ ലക്ഷണേർഗുണൈ സന്നത് ഗുണാഗ്രഹ അനൃത ബഹിരന്തനേ നേ സർവാത്മനാത്മവസ്തുനത്മനോ ദശയഗുണേഷു സന്തി വ്യവസ്യത്തെ സ്വ്യതിരേഗതോ ബുധ വിനുവാദം നമ്മഷിതം സമ്യത ഉപാദ തുമാൻ തത്വസ്ട്രിത് സംയമാൻ വിഭവോ വന്നിഹാദഗുണവിക്യാ ബ്രഹ്മണിോ യുവിധ്യര ത്ാശ്രയത് ഉപചരീയതേ ഗുണൈ സത്രികോ ത്രിലോകസ്തയസുമായാ വിവക്ഷശുക്ലം കലുവർണ്ണമാത്മന സർഗാ രക്തൃസോപുഹിതം കൃഷ്ണം ചുവർണ്ണസാ ജനത്യ തലോകൃ വിഭോ നിരക്ഷശുഗ്രഹേവതി മമ അഖിലേശ്വര രാജന്യസഞ്ഞ്ൂധമ നിർവ്യൂക്ഷ്യമാനക്ഷ്യസേ ചമൂ അയം അസഭ്യസ്ഥ നമു ഗൃഹേ ശ്രുവാ അഗ്രജന്യധി സുരേശ്വര സതേ അവതാരം വൃഷി സമർപ്പതം ശ്രുവാധിനിസരത്യുതായുധാ ശ്രീശുഗവാജം അധീനമത്മജം വീക്ഷ മഹാപുരുഷലക്ഷണം ദജയനൗവാധാവത് കംസദ്ഭീത ശുചിസ്മീത്യുവാച രൂപം വ്യക്ത പ്രാഹുര വ്യക്തമത്യം ബ്രഹ്മജ്യോതൻ നിർഗുണം നിർവികാരം സത്രം നിർവിശേഷം നിരീഹം സത് സക്ഷത്യാമീപ നഷ്ടേതുപരാർാവസാനേ മഹാഭുപേക്ഷാതിഭൂതംഗതേശു വ്യക്തം കാലവേഗേന ഭവേകശിക്ഷത്തെ ശേഷ സജ്ഞ യോജ് കാലസ്ഥസിബന്ധോ ദേഷ്ടമാഹുച്ഛേക്ഷതേന വിശ്വം നിമേഷാദത്സരാന്നോ മഹീയൻ തം ത്വേഷൻ ക്ഷേമധാമ പ്രപദ് മറ്റോമൃത്യം വ്യാഴീര പലയൻ ലോകൻ സർ നിർഭയ നധ്യഗക്ഷ ത്പാദ്യം പ്രപ്പിയവൃച്ഛയാദ്യ സ്വസ്ഥശേരേ മൃത്യുരസ്മാത് അപ്പൈരി സത് ഘോരാഗ്രസേനത്മജന്നാഹിത്രസ്ഥൻ വൃത്തി രൂപം ചേതമ്പ പൗരുഷം ധ്യാനം മാ പ്രത്യക്ഷം മാം സദൃശം കൃഷിഷ്ടാ ജന്മ മേധേ മയസൂപാഭാവസൂദന സമുദ്ുഭവോ കംസാരഹമധീര ഉപസംഹര വിശ്വാത്മന്നോ അലൌകികം ശക് ശ്രീയാദൃഷ്ടതുർഭുജം വിശ്വം യൂ വിശാന് യഥാവകാശം പുരുഷ പരോ ഭവാനി ബിഭർസോയം മമ ഗർഭോഭൂ അഹോ രുളോദച്ച വിടംബനം ഹി തീ ഭഗവാജ ഏവ പൂർവസർഗേ ഭൂ പൃശ്യ സ്വായംഭു സി തരാം സുതപതിരകൾമഷ യുവാം ബ്രഹ്മണ ആദിഷ്ടോ പ്രജാസർഗേ യഥം സന്യം യന്യഗ്രാമം ദേവാധേ പരമം തവ വർഷവാദാരമ ഘർമ്മുണാനു സഹമാനു വിശ്വാസരോധ വിനർതമനോമലു ശീർണവർ ആഹാരൗ ഉപസന്ധേന ചേരസാ മത്ത കാമാന വഹന്തോ മതാരാധനീഹരുവാം തപ്പീപരം പരമ ദുഷ്കരം ദിവ വൃക്ഷ സഹസ്രാണി ദ്വാദശേ യുർമരാത്മനോ തം പരിതുഷ്ടോഹന വകുഷാ നഘേ തപസാ ശ്രദ്ധയാൃതി ഭാവിത പ്രാദുരാസം വരതരാടേ യുവയോ കാതിസയാദംബരേക് ആദിഷോ വം മൃതസ്സു അതിഷ്ട്രാമ്യ വിഷയാമനവുമതി നപ്രധേ അപവർഗ മേ മോഹമേ മയ യുവരം വത്സദശം ജാമ്യൻ ഭോകാൻ അതുഞ്ജാതം യുവം പ്രമനോരഥു അതൃഷ്ടമോകേശോലജ്ഞ ഗുണൈസമം അഹംസുരോ വാമമോഹം വൃശ്ചിതർഭയിസുത തയോർവാഹമ അതിലക്ഷിമാത് ഉപേന്ദ്രേരി വിഖ്യതോ വാമനവാചവാമന തൃഗേയസ്മൻ ഭവേഹം വൈ തൈനേ വൗഷാഥമാതോ ഭൂയസ്തയോ സത്യമേ വ്യാഹൃതം സതി എം ദർശനം പ്രാജന്യസ്മരണയേ നവം ജ്ഞാനം മർത്യഞ്ചെയ ജാതെ യുവാം മമ്പ പുത്രേന ബ്രഹ്മഭാവനചിന്തയു ഘടസ്നേഹോയാസേ മദ്ഗതി പര ശ്രീശുകൗമാരവാഹരിസ്തൂഷ്ണിം ഭഗവാൻ ആത്മമാ പിവശിരോ സദ്യോ ബഭൂവ പ്രാകൃത ശിശു തരച്ച ശൌരിഭവവത് പ്രചോദിതസുതം സമായസ സൂതികൃഹാ യഥാഹ്ഗന്തുയേഷ നന്ദയ തയാഹ്രയസവൃത്തിഷു ദ്വുദേക്ഷത ദ്വാരുഗദ്ടാ കീലശിംഖലൈ താ ദവാഹേ വസുൈവ്വാഗതേ സ്വയം യമജിന്തയഥോരവേ വർഷവജന്യൂ വംശഗർജദേഷരിയൻഭൈ മഘോല പക്ഷശതയജ്ഞമാനുജഗംഭീര തോജൌ ജവോർമഭേ നില ഭയാനകർത്തശുലീമാർഗതോ സിന്ധിരിവിയപ്പത്തെ നന്ദപ്രദംശൌരി വിവേച തത്ര താൻ ഗോവാൻ പ്രസുപതലഭ്യ നിദ്രയാതംയശോദദശയ തത്സുതാമുവാദായ പുനർഗൃഹാൻ അഗാത് ദൈവശിന വസുധേവോധോ താരകൃതിമുച്ചോർ ലോഹമാസ്തേ പൂർവദാവൃതാം യശോദനന്ദവർത്തീജാതം പരമബുദ്ധ്യത നല്ലിംഗം പരിശ്രാന്ന അപഗതസ്മൃതി ഇത് ശ്രീമദ്ഭാവു മഹാപരാണേ നി സംസ്കേ കൃഷ്ണജന്മനി തൃതീയോധ്യമന് വേ പി ദാൻ പി വേ പിറം തൻ മാധവൻ ദേവകിയോടണിതം തിരുന്തവൻ ദേവകിയോടണിതം തുരുതാൻ വന്ദേ പിറം തൻ മന്ദമാരുദം മെല്ലീശ മന്ദമാരുദം മെല്ലീഷ വാനവർ മേതുവാ വർണ്ണ നൈപേഷനവർ ശുനങ്ങൾ പേഷം നന്ദൻ മന ശുനങ്ങൾ പേഷ നമ്മുടെ വസുദേവൽ കണകളും കൂഷക്കൂശവേ പിഴ മാധവൻ ദേവജിയോടാണ് തന്നെന്തൻ വലമും ഇടമും അഭയവരതങ്ങൾ നോർക്ക മറ്റ വൈശങ്കയ ചിരം ചേർക്ക തലയ നീട്ടി വസുദേവനും പാർക്കാങ്കേം വസുദേവെന്നും പാർക്കെ അങ്ക് ശതകോടി സൂര്യറുകൾ ഒളിയെല്ലാം തോക്കത്തോക്ക വന്നേ പിറ തൻ മാധവന്റെ വകിയോടാണൈ ഇതം തിരും തൻ തലൈവാശൽ വേപ്പിള്ളൈ ഷെട്ടാറും ഇല്ലൈ തലവാസൽ വേപിളേ സറ്റാരും ഇല്ലേ ശരിയാണ് മരുവം പാർത്തവരി ശരിയാണ് മരുത്വം പാർത്തവരിൽ കലൈല്ലി ജാതകം കണ്ടിപ്പാറും ഇല്ല എങ്കിൽ കലി <speaking> ോ കണ്ടിപ്പാരുില്ലേ എങ്ങൾ കണ്ണൻ പിറത്തിൽ അന് തൊല്ലേ എങ്ങൾ കണ്ണൻ പിറത്തിൽ അന് തൊല്ലേ പിറൂന്ത മാധവൻ ദേവജിയോടൈതൻ കണ്ണാരക്കാരെ വലിക്ക കണക്ക് താമൽ നിങ്ങളും വിഴിക്ക പിന്നാർ തരും അന്തോലീക്ക പിന്നാർ തരും അന്തോലീക്ക പെോകളാ വെള്ളം തുടിയായ് തുടികോ വെള്ളം തുടിയായ് തുടിക വന്നേ പ്രയാൻ മാധവൻ ദേവകിയോടനം തിരുതൻ വന്നേ പരം hal erel sangatra govindanam sankirtanam satyam jnanamandandam ശം പരമാനം ഗോണലിംഗലോകമയാസം പരമായാസം മായാക്കതാകാരമ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം വരമാനന്ദം ഗോവിന്ദം വരമാനന്ദോവിന്ദം വരമാനന്ദം ഭയ ഗോവിന്ദ ോപാലം ഭൂലീലി ഗ്രഹ ഗോപാലം ഗുല ഗോപാലം ഗോവിഗോ കണ ദ ലീല ോവിന്ദിഗതില ഗോവിന്ദസ്ഫുടനമാനം ബഹുനോ ഗോചരദൂരം പ്രണമദോ ഗോവിന്ദം വര ം ഭജോവിന്ദം പരമാനന്ദ ഗോവിന്ദം വരമാനന്ദം ഭര ഗോവിന്ദം മരമാനം ി കാ സംഗതകാല ശിരസിം നിരകലാദീലം കലിതാ ശേഷം തനിതോ യേ പ്രണമതോമാനമോവിനന്ദ ഭജനോവിന്ദോവിന്ദം പരമാനന്ദം ഭരണോവിന്ദ പരമാനന്ദവേദാന് സിദ്ധാത്ത ഗോചരം തമ ഗോചരം ോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണതസ്മ്യഹം